െ സുക്കൂവട്ടെ രണ്ടിൽപ്പെട്ട ഓരോന്നും അമ്രും അത് മുമിനായ അമ്രാണ് മത്തിനോട് എന്താണോ കുതിരത്ത് വിരാഗത്ത് താലൂക്കാകട്ടെ അതുപോലെ താല്പത്തുരാകത്തി വിരാഗത്തിന്റെ താല്പര്യം അത്രകാലം മുൻകീനാകണം വിപുലിങ്ങും ഹറക്കത്ത് സുക്കൂറിൽപ്പെട്ട ഓരോന്നിനോട് വിരാദത്തിന്റെ താലൂക്കാകണം അപ്പോൾ വഹീനം അന്നേ രണ്ടാകാലം എന്താണെന്നറിയോ ഇമ്മ അയ്യ അനശ്വരൻ ലംറി രണ്ടും കൂടി ഒപ്പമുണ്ടാകാം അറക്കത്തുമാണ് സുഹൂന്നുമാണ് അപ്പൊ ഫയൻസിന് ഇരുത്തിമാരി ലിൻ ഒരുമിച്ച് കൂടി അയാളത്തെ മൂത്ത ഒപ്പൊരുമിച്ച് കൂടി ഗുരുവനു വേദം ഒരുമിച്ച് കൂടി അരക്കത്തും സുഖൊരുമിച്ച് കൂടി വേദം ശിരി ഒരുമിച്ചു കൂടി വരും അങ്ങനെ പോവും അല്ലേ രണ്ടെണ്ണം ഒന്നിച്ചുണ്ടാവൂല ഏതെങ്കിലും ഒന്ന് ഒന്നുണ്ടാകുന്ന അവസരത്തിൽ അരിഹുമാനെട്ടിപ്പോ അതിസാജ്യമായിട്ട് വരും അപ്പൊ ഇല്ല അതിൻ്റെ അജിത് ഉണ്ടാകാൻ ജാഗ്രതല്ലോ അരിച്ചൊരുണ്ടാകാൻ പാടില്ല അപ്പൊ ഇല്ല അതാണ്ട് പോയി ഇല്ല അതിന്റെ പവറിന്ന് പോയി ആവില്ലാന്ന് പറഞ്ഞാൽ രണ്ടെണ്ണുണ്ടല്ലോ ഒന്നെങ്കിൽ അംരാനി ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്ത്ണ്ട് ഏതെങ്കിലും ഒന്നുണ്ടാവാനും രണ്ടും ഇല്ലെന്നാലും പറഞ്ഞില്ല രണ്ടും ഇല്ലാഞ്ഞാ രണ്ടാളീ പണി നിന്ന് ഒന്ന് മാത്രം ഇണ്ടായിന്ന് പറയുമ്പോ ഒരാള് പണി നടന്നെങ്കിൽ മറ്റേ ആ കാര്യം തോന്നല്ലോ അവലാട്ട ചേക്ക് രണ്ടെണ്ണുണ്ട് ഒന്നേക്ക് രണ്ടും നടന്നിട്ടില്ല ഇല്ലെങ്കിൽ ഒന്ന് നടന്ന് എന്നാലും പറയാല അമ്രാനിന്റെ ഓപ്പോസിറ്റില് ഇമ്മാ ഹസുൽ അൽ അമ്രാനിന്റെ ഇതുണ്ടല്ലം വരാ ഒന്നുകിൽ ഒന്ന് മാത്രം നടന്നു അല്ലെങ്കിൽ രണ്ടും നടന്നിട്ടില്ല രണ്ടും നടന്നിട്ടില്ലെങ്കിൽ രണ്ടാക്കും പണിയില്ല ഒന്ന് നടന്നു എന്നാലും പറയാലോ അംദാനിയില്ല വഹുവ ഈ അജിസ് ലാസിമായ അജിസുണ്ടല്ലോ അത് അമാറത്തുൽസിന്റെയും ഇംഖാനിന്റെയും അമർത്തായി മാറിയപ്പോ വാജിബുൽ എന്നുള്ളതും പോയി അലാമത്തും വന്നു അപ്പൊ ഇലാഹാനുള്ള പവ നഷ്ടപ്പെട്ടു എന്തുകൊണ്ട് മറ്റൊന്ന് ലൈഫിൽ എന്ന ആ കലർപ്പാട് കുടുങ്ങി അപ്പൊ വാജിബുൽ ആകരും പോയി ഫീമാകരും പോയി അപ്പൊ ക്വാളിഫിക്കേഷൻ പറ്റങ്ങൾ പോയി അപ്പോൾ ദേവനാട് ഉറങ്ങിയ ആദ തഹദ്ദുന പഠിച്ചിട്ടുണ്ട് അ തഅബ്ദു മുസ്തൽസിമോൽ അതിൽ ഇസ്തിൽസാം ചെയ്യുന്ന ഇംകാനി തമാനു ഇ തമാനു ഇംകാനനെ ഇസ്തിൽസാം ചെയ്യും തമാനു ഇംകാനാണെങ്കിലോ അൽ മുസ്തൽസിമിൽ മുഹാൽ മുഹാലിനെ അസിമാക്കും അപ്പോൾ ഈ മുഖദ്ദമന്തായി ഈ താനെ ആസിമാക്കും ഈ താലി ഇതിനെ ലാസിമാക്കും അപ്പോൾ മുഹാലിനെ ലാസിമാക്കിയതിനെ ലാസിമിന്റെ മൻസൂബ് എന്തായിരിക്കും ബാതിരയിക്കും ഇത് മാതിലാകുമ്പോൾ മുക്ക താഴെ വാത്തിലായാൽ മുക്കത്ത് വാത്തിലാവൂലേ താലന്റെ ലാജിമു വാത്തിലായാൽ അതിന് മുക്കത്തമ്മ വാത്തിലാകുമ്പോൾ അതും വാതിലാവും ഒന്നേ അപ്പൊ അതു മൊഹാലൻ അപ്പൊ അതു മൊഹാലായി മാറി വഭിമാറ ഞാൻ ഇപ്പറഞ്ഞത് കൊണ്ട് ഇന്ത തള്ളപ്പെട്ടു പോയി മായുക്കാലു പറയപ്പെടുന്ന ഒന്ന് എന്തെന്ന് അന്ന സുചോ അഞ്ഞാമിങ്ങി തമാനം പരസ്പരം തടയണ്ട രണ്ടാൾ ഒത്തുകൂടാം എന്നൊരാൾക്ക് പറഞ്ഞുകൂടെ തങ്ങളെ പറഞ്ഞാൽ മതി ചെയ്യുന്നു അതിനെ തന്നെ തമാന ബിൽഫീ നടക്കും എന്നല്ല പറഞ്ഞത് സമാന എന്റെ ഇൻസാൻ എവിടെ ബാക്കിയുണ്ടോ ഇല്ലയോ ഒരാൾക്ക് മറ്റേയാളെ തടിയാനുള്ള പവറും അധികാരവും അവിടെ ബാക്കിയുണ്ടോ ഇല്ലയോ നമ്മളെ ചോദിച്ചോ തടയും ബിൽഫീനടക്കട്ടാതിരിക്കട്ടെ ഇത്തിഫാക്ക് ഉണ്ടായാലും എന്തൊക്കെ തമാലിനെ അടിക്കാനുണ്ട് ഒരാൾക്ക് വിവരിക്കാല്ലോ ില്ല ജനിക്കേണ്ടത് നയിക്കുന്നുണ്ടതും ആ ഉങ്ങൾക്കല്ല അതെന്നാണ് രണ്ടു പള്ളൊക്കെ ഇൻകാനെ കൂട്ടിയിട്ടുള്ളൂ ആ അതാസുലു ദാ ഈ മായുക്കാലൂടെ ദത്തിന്റെ ഹാസൻ എന്താണ് അല്ലുഖൻ ആ തമ്മ തുടങ്ങിയ ഇൻകാനി വൈല്ലം ില് പരസ്പരം തടയുക എന്ന ഇൻഖാൻ അവിടെ ഇല്ലെങ്കിലും ഇത്തിപ്പാക്ക് ഉണ്ടായാലും പറയാനും വന്നിട്ട് ഇൻഖാൻ നീ അറിഞ്ഞു കഴിഞ്ഞാൽ അന്നാഹു താരാക്ക് വാജിപ്പാണെന്ന് ഇപ്പം തിരിഞ്ഞു അങ്ങനെ വരുമ്പോൾ അതിന് മുന്ന് പിടിച്ചിട്ടാണ് പത്ത് എറുന്ന് പാർക്ക് പറഞ്ഞത് പത്ത് സീറോ ലൈസ അതും അത് മുമ്പിട്ട് തുടക്കം തന്നു വത്സൈലു എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ എന്താറാവു ലിൽ ലഷിയായി മിനൽ അകമീനാവും ഇല്ലായ്മയിൽ നിന്ന് തുടങ്ങിയിട്ട് ഏത് വസ്തുക്കൾ ഉജുതിരെ കൊണ്ടുവരണം അപ്പൊ ആശാനെ മേശ ഉണ്ടാക്കിയാൽ അതമിൽ നിന്നല്ല തുടങ്ങുന്നത് തൽക്കാലം തസ്വീർ ഉണ്ടായിരുന്നല്ലാണ്ട് ആശാരുണ്ടാക്കിയ മേശന്റെ മതമല്ല നേരത്തെ അവിടെ ഉജൂരി തന്നെ ഇല്ലേ അതുമിന്റെ അവിടെ തുടങ്ങി അരി പട്ടലാക്കിക്കളഞ്ഞു എന്നാൽ ഇല്ലായ്മ തുടങ്ങിയിട്ടില്ല നമ്മ തീർ എന്നത് കൊണ്ട് ഉദ്ദേശം അതുമിൽ നിന്ന് ഹീര ഇല്ലാത്ത സീറോന്ന് ആരംഭിക്കണം ഇല്ലായ്മ തുടങ്ങിയിട്ട് ഉള്ള അവസ്ഥയിലേക്ക് എത്തിക്കണം എസ് അത് ലൈസ ലൈസ എന്ന് പറഞ്ഞ ഇല്ലായി ഒരാൾക്കും സനിയല്ല അല്ലാതെ ആദ്യത്തത് ഹീരന്റെ അധികാരം ഇല്ല അപ്പം അങ്ങനെ വരുമ്പോൾ അള്ളയിന് മാത്രം ഹസ്തറാക്കി أسراكم والفلاة إثير لقدرتنا نمط لقدرتنا تثيرنا لفادرين لا نمو حقيقة ليه وردت إثير بالله في شيء صنن الله وقرأ من أفعالنا اللي اختيارية اختياريها ينمو أفعالك العالم ാത്തിനാത്തി ഇതെല്ലാം നമ്മളെ ഓരോ ഹറക്കാത്തണല്ലോ അതിനൊന്നും തെൽഫിയില്ല എന്ന് വൻ അഹവി കാലിക്ക അങ്ങനെ പോലെ ഏതുകൊണ്ടിരിക്കോ പിന്നെന്താ ജമീണ കാലിക്കൂഖു ലഭൂ സഹാല മുഴുവനും അള്ളാഹു താലാക്കുണ്ട മഹുലൂഖാണ് ബിലാവാസിത്ത കൂടാതെ അതിന്റെ ബിലാവാസിൽ അതാ കൗരുഹോ ബിലാവാസിൽ പേജ് മുപ്പത്തി ആറാമത്തെ പേജിലേ ബിലാവാസിന്റെ മഹൂമ് വരുന്നുണ്ട് ഞങ്ങൾ മുപ്പത്താറ് നിങ്ങളെ കിട്ടാൻ പൊക്കൂലാണ് മറ്റുള്ളത് നോക്ക ബിരാൻ എന്തവിടാ മത്തിരി പറഞ്ഞില്ലേ അത് ചേച്ചന അവിടെ ആ ബിലാവാസിൻ എന്ന് പറഞ്ഞതിന്റെ മഹുഹ് എവിടെ വരുന്നുണ്ട് മുപ്പത്തി ആറാമത്തെ പേജിൽ ചെറങ്ങിൽ വരാൻ പോകുന്നുണ്ട് കുതിരത്തന ഏതുപോലെ നമ്മുടെ കുതിരത്ത് തന്നെയും അള്ളഹവടച്ചാദ്യം കുതിരത്തം ജൗഹരനെയും അറുലെയും അല്ലേന് നമ്മുടെ ശരീരത്തിലുള്ള അറളാണല്ലോ കുതിരത്ത് എന്നുള്ളത് ആദ്യം അള്ളഹനോ അകുലത്തം അത് ചൊടി വള്ളാവ് താന നിങ്ങളെയും പഠിച്ചിട്ടുണ്ട് വമാ താമരൂന അയ്യ പലക്ക അമരക്കും അമരക്കും എന്ന് പറയുന്ന മാസ്തരിയായ മാറ്റി മസ്തരിയായ മാത്ര ഈ മാവും മാ കടന്ന ക്ഷീലുണ്ടല്ലോ അത് രണ്ടും കൂടെ കൂട്ടിപ്പിടിച്ചിട്ട് ആ മതപ്പൂരായ ക്ഷീരന്റെ മസ്തറിലേക്ക് തേടിയിൽ കൊടുക്കാൻ നീങ്ങി താമരൂനായ മസ്തറിന്റെ അമേരി أبو الله وطاعتكم وأعمالكم إن والله ما ادري والله كما لكم ان اعمال اللي يم الله تعالى عوضته يا حضراتكم برهان التمانعي اي ويقالوا ادنى متري بيرند قران التضعودي என்னும் بيرند സമാനന്റെ പകരം തത്താവ് അതമ്മനോന്നെ തറത എന്ന് പറഞ്ഞാൽ തട്ടിയല്ലേ ഇപ്പൊ തത്താവത് ഇപ്പ ഓനയും തട്ടുന്നു അവൻ ഓനയും തട്ടുന്നു ഇത് ഈ പറഞ്ഞ ഇസ്തലാഫിഹിമ നമ്മൾ ഇത്രയും പറയും ഈ കോല ഉണ്ടാക്കിയതാണെന്ന് ഇസ്തലാ ഒരാളെ അടക്കത്തിന് ഉദ്ദേശിക്കുന്നു അജാളെ സുക്കുവിനെ ഉദ്ദേശിക്കുന്നു എന്ന് പറയുമ്പോ പരസ്പരം ഒത്തുകൂടുന്നില്ല എന്നല്ലതാ ഞങ്ങൾക്ക് പ്രകാരമാണ് ഇപ്പൊ ഗൃഹം കിട്ടിയത് രണ്ടാൾ ഒത്താലോന്ന് ഒത്താ ചോദിക്കുന്ന രണ്ടാളെ കുതിരത്തും ഇവിടെ ആവശ്യമുണ്ട് ഒരാളതാണോന്ന് ഒരേ സാധനത്തിന് രണ്ടാളെ സമ്പൂർണമായ രണ്ടു കുതിരത്തിന് ആവശ്യമില്ലല്ലോ ഏതെങ്കിലും ഒന്നതിയെ പറ്റാൻ ലെങ്കിന്റെ പകുതിയും തോതിയും അപ്പൊ ഇവന്റെ പ്രകൃതിയൊന്നും വെച്ചു അത് അസ്തലാഫിന്റെ സംഘപ്രകാരമാണ് ഇവിടെ ബുഹം കൊണ്ടാകുന്നത് വൈകാൻ ബുർഹാനു തവാറുദി ഇതേ ബുർഹാൻ ബുർഹാൻ തവാറുദ് എന്ന പേര് വരും എപ്പോഴും പറഞ്ഞു ഇത്തിഫാ ഖിമ രണ്ടാൾ ഇത്തിഫാ ഖാകന്റെ നേർക്കറാണ് അപ്പൊ ഇതെന്നെന്താക്ക രണ്ടാൾ ഒത്തുനീങ്ങുന്ന രീതിയാണെങ്കിൽ തവാറുദ് ഒത്തുനീങ്ങുകാര്യം ഉറപ്പാ ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടിയും മറ്റേ സംഘടനാ പാർട്ടിയും എല്ലാം ഓരോന്നിനും ഞാൻ സ്വയം പൊരാത്തന്നെ ആണെന്നുള്ള ഒരു ധാരണ വരുമ്പോൾ എന്റെ പാർട്ടിയിൽ പ്രശ്നമില്ല ഒരാൾ മറ്റേത് കുമ്പിടുന്നില്ല ഒരാൾ ഡോക്ടർ മെമ്പറാകാനും മറ്റേ പ്രസിഡന്റ് ആകാനും ഇവരിക്ക് നമ്മൾ കൊടുക്കൂലല്ലോ ഇവർ നീങ്ങോ അനുവദിക്കൂലല്ലോ قوله لو كان فيهما آلهة إلا الله لفصدتا هذا كيف هو أولينا إلا الله إلا. إلا الله إلا هذا صفة لآلهة آلهة لصفة آلهة, آلهة إلا الله هذا النبي لا معناك بماعنا غيرا معناك آلهة غير الله لا معناك إيقظ غيره الذي اسمه ഇല്ല എന്നുള്ളത് കണ്ട അറഫിന്റെ സൂറത്തിലാണെങ്കിലും ഫൈലന്റെ മാനാക്കൾ ഇസ്മിന്റെ മാനാക്കുള്ള സിഫത്തായി എന്നറി അറഫല്ലിന് ഇസ്മുൻ അതിസ്മൻ ഇല്ല എന്നുള്ളത് അറഫല്ല പക്ഷെ ഇല്ല എന്നുള്ളത് അറഫിന്റെ കോലത്തിലായെന്നറിയാ മദിയായി മാറിഫിനോട് ശമാഹത്വന്നില്ല മനിയാ ശബത്വന്നില്ലേസ്മുറബും ഇസ്മിലുണ്ട് മേറബുണ്ട് അബിനിയുണ്ട് അബിനിയാൻ കാരണം എന്താണ് ലീസീറൂഫി മുദിനി ഹെറോഫിനോട് ശബാഹത്തുള്ളതിനു വേണ്ടിയിട്ടു ഹെറോഫിനോട് ശബാഹത്ത് എന്തല്ലുണ്ട് ശബാഹത്തോണ്ട് മാനവിയ ശബാഹത്തോണ്ട് ഇവിടെ വധയ്യാ ശബാഹത്താണ് ഏത് ഇല്ല എന്നുള്ളത് ഹറഫാണ് സാധാരണ ആ ഹറഫിനോട് തുല്യമായ കൈലണ്ട വയനാക്കുള്ള വേറൊരു ഇല്ല വന്നത് വധയ ശബാഹത്താണ് െൻഗം ഏറാബു അതിന്റെ ഏതാബ് വെളിപ്പെടുക അതിന് ശേഷമുള്ള ഒന്നിലല്ലാതെ ഇല്ലല്ലാഹു അള്ളാഹു ആണല്ലോ ഇല്ലടി ഇപ്പറ ഉള്ളത് ആ അപ്പോ സിഫത്തിന്റെ ഏതാബ് എന്ന എവിടെയാണ് അള്ളാഹുലാദ് അള്ളാഹു ശേഷം എന്തുകൊണ്ടാണ് ഏതാഗോളിപ്പെടാത്തത് അല്ലാ സൂഹത്തിൽ അറപ്പിന്റെ സൂഹത്തിലായി പോയി അറപ്പിന്റെ സൂഹത്തിലാകുന്ന അവസരത്തിൽ ഏതാപിപ്പെടുകയാഹത്ത് വന്നു അഭിനീന്ദ ഇതാണ് ഉത്ര തെർക്കി കൊടുത്തത് വല എൻ്റെ സാധാരണ ഇല്ല എന്ന് പറയരുത് ഇല്ലാതെയും ഇന്നും പറയുമ്പോൾ ഇല്ലണ്ടല്ലോ ഇസത്തിന് ചെയ്യാനുണ്ടെ അതല്ലാന്നാണ് അത് മാനന്റെ ഭാഗത്തിൽ കൂടിയും ചെയ്യാവൂല ലഫുദിന്റെ ഭാഗത്തിൽ കൂടിയും ചെയ്യാവൂലെന്നാ പറഞ്ഞു ഇസത്തിനാക്കിയത് അതെന്താ അസം കിട്ടുന്നറിയോ അമ്മല്ല മാനാന്റെ ഭാഗത്തിൽ കൂടി എന്താ താരാറ് ഇസത്തിനാക്കിയാല് അന്നു കുഴപ്പം അതിനാ ലാസിന്റെ നഫീദ് എല്ലാം കിട്ടുവരും തവഹീദ് ഉണ്ടാവരല്ല തവഹീദ് ഇല്ല എന്ന് ചെയ്യലാവില്ല ഇത് കാരണം ആ തക്ബീർ വച്ച് ലൌകാനോ കൊറേ ഇരാഹുകളുണ്ട് എങ്ങത്തെ ഇരാഹ് ലൈസീ അള്ളാഹു ആ ഇരാഹിന്റെ കൂട്ടത്തിൽ അല്ല ഉണ്ടാകാൻ പാടില്ല അള്ള വയ്ക്കണം ഇസിനാ ഇരാഹിൽ നിന്നുള്ള ലിസുദിനേണ്ടത് അപ്പൊ കൊറേ ഇരാഹുകൾ ഒരു പത്ത് ഇരാഹ് ഈ പത്തി ലാഹിൽ ആര് വരാൻ പാടില്ല അല്ല വരാൻ പാടില്ല അള്ള പുറത്ത് നിൽക്കാം അതാ തിൽ നിന്ന് അതിന്റെ വാഗൽപ്പം അല്ലെ പുറത്തും കിട്ടലല്ലേ അല്ലെ അപ്പൊ അല്ല ഇല്ലാതെ കണ്ട് പത്താൾ ഒരുമിച്ചുകൂടി അവിടെ പ്രസാദ് വരും അപ്പോ പതിനൊന്നാമത്തെ ഒരുത്തൻ അല്ലേ ഞങ്ങൾ കൂടുകഴിഞ്ഞാൽ പ്രസാദില്ല അപ്പൊ പതിനൊന്നാൾ പ്രവർത്തിച്ചാൽ പ്രസാദില്ല എന്നെ അർത്ഥം കിട്ടരുസാദത്താ അപ്പൊ ഇല്ല ഇതി മപ്പുഭൂമി അതിന്റെ മപ്പുഭൂമി കൊണ്ട് വരും അന്നഹു ലൗക്കാന തീഹിമാ ആലിഹത്തിൻ തീഹിമുള്ളു അല്ലാ ഉൾപ്പെട്ടുകൊണ്ടില്ല എന്നിവരും അതായത് ഉണ്ടാന്ന് കുഴപ്പം ഇനി ലഫലിന്റെ ഭാഗത്തിൽ കൂടി പറ്റൂലെന്നല്ലേ മുസ്തഫിനു മുസ്തഫിനെന്താ ചെറുപ്പറിയോടം കൗമു കൌമു വന്നു പറയുമ്പോഴെങ്കില് ഈ മുസ്തഫിനിയും മുസ്തഫിനിന്നു ഇല്ലാ സൈദുൻ സൈദി അപ്പോൾ ഈ ദൈതനാക്കണ ആമമായ വലിയൊരു സംഖ്യ ഉണ്ടാകണം അവിടെ മുസദ്ന മിൻ കോണ്ട് അഞ്ഞക്കൂണ് അമ്മൻ ആലിഹത്തുൻ എന്നുള്ളത് കൂടെ ആന്മാ കൂടെ അത് ജന്മ മുനക്കറുൻ നക്കിറിയാക്കപ്പെട്ട ജന്മാണ ആലിഹത്തുൻ എന്ന നെക്കിറിയുമാണ് ജം ആണ് അത് തന്നെ ഉള്ളത് ലൗഖാനുള്ളത് മുസ്ബത്താ അനറ വരിബൽ ഫലാ ഉബൂമു ലഹു ആലിഹന്ദ നണ്ടൗല റമ്മും നണ്ടൗല ഇസ്തതിയെ ചെയ്യാൻ മാത റമ്മും കുട്ടുല ബഫലാ ഐസൻ ലിതിനാ ഉമിൻ ദോരി തിദിനാ സഹിയാ ഉല ആവ മാത റബൂന ആലിഹതില്ല അദ കമാ കാ സദകാൽ മുഹതീകു നബറ നഹവിൻ മൗഖീകല ക പറഞ്ഞിട്ടുണ്ട് ഇസ്തതിനേ ആണല്ലോ ഖരീനതു വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇന്നൽ വന്ന അൽ ഇസ്തിഗ്റാതിനാണെന്നു ദരിവണ്ടവ ഇല്ലം ഇതല്ല അവ രണ്ടോളം പറഞ്ഞു ശനി ലവ്ന താത്തയാണെങ്കിൽ ഏതിനുള്ള താതുത് ദാത്തിൽ ആണോ സിഫാത്തിലാണോ അഫ്കാലിലാണോ മൂന്നിലും മൂന്നിലും താതു മൂന്നിൽപ്പെട്ട ഓരോന്നുകൊണ്ടും ഈ പ്രസാദുണ്ടാകുന്നു പറയുന്നത് അതുകൊണ്ട് താഗൂത് മാത്രമെന്ന് തോന്നിക്കൊണ്ടാണ് അങ്ങനെ നമ്മുടെ ചർച്ച മാനസികമായി ചാടിലവിടുത്തേക്കാണ് അതല്ല ദാത്തിലുള്ള താഗൂതാവട്ടെ സിഫാത്തിലുള്ള താഗൂതാവട്ടെ അപ്പാലുള്ള ദാദുതാവട്ടെ എന്തുണ്ടായാലും ഈ തവണ പറയുന്ന മഹാല ഗുരുവെന്ന് ണ്ടല്ലോ ഒട്ടനടത്തിന്ന് പറഞ്ഞ ഇരാ നടത്തുന്ന ബി എന്താകുന്നു അങ്ങനെ കണ്ടിരിക്കുന്നു അപ്പോ എനിക്ക് അജിസുണ്ട് അതാണ് അഹദീവ് രണ്ടിൽപ്പെട്ട ഒരാൾ എന്ന് പറഞ്ഞത് മഹാസി വപിനാഥുത്തിൽ എന്താ പണം ആയുക്കാൽ അന്ന് വലിയ ദിവസം അങ്ങക്കാം എന്നായിരുന്ന പരസ്പരം തമാലുവാക്കുന്നില്ല ഒരാൾ മറ്റൊരാൾ തടിയൂലൊത്തുകൂടാ ഇതല്ലേ പറഞ്ഞേ ഒത്തുകൂടൽ വിൽസയിലുണ്ടായാലും തമാനു എന്നെ ഇൻകാൻ അവിടെ വാക്കിയിണ്ടല്ലോ എന്നാണ് ഞാൻ പറയുന്നത് ഇതല്ലേ അപ്പൊ ആശ്രമം ആയത്വ ഹൃജ്ജത്തും കഥയ്യത്തും ലൗക്കാലി ആലയത്തിനില്ലല്ലാവുന്ന ഒരു തൽക്കാലം പൊട്ടിച്ചേർക്കാൻ വേണ്ടിട്ട് ഒരു തൽക്കാലം ബാജെടുക്കാൻ വേണ്ടി പറഞ്ഞെടുത്തിട്ടുണ്ടല്ലോ അതല്ല അ തയ്യായ വിജയത്തിൽ തന്നെയാണെന്നാ പറയും അത് വേറെക്ക് എതിരാപ്പുറയും ഞാൻ നിക്കല തൽക്കാലം വേണ്ടീട്ട് ദലീല് പറഞ്ഞിരിക്കും കുറവാനുണ്ടാ മറാത്തമ്മിനുള്ള കുറവ് ആ അതിലൂടെ കേട്ടു കുടിക്കുകയും ചെയ്തു അവിടെ മൂത്തരൂ മൂല അല്ല കൂട്ടീന്റെ ഇക്കാര്യം എവിടെ കിട്ടാൻ നെക്കീനീ കല്പന്ന് ലഫിക്കോ മംപിക്കോ ഈ കമാല എന്ന് പറഞ്ഞാൽ ഈ കമ്മാന്റെ കാപ്പുണ്ടല്ലോ മംഭീർ കിടന്നതോ ലന്നതോ മംഭീര എന്തുകൊണ്ട് യജ്ഞായ ദരീരാണെന്നൊരു കീല ആ കീല പോലെ എല്ലാം ഈരെയാണ് ദലീൽ നിക്കനായി എന്ന് പറഞ്ഞത് തൽക്കാലം ഒരാളെ വായെടുക്കാൻ വേണ്ടിയിട്ടും മറുപടി കൊടുക്കല് അതല്ല ബൽ എന്ന് മാത്രമല്ല എക്കനായ ദലീൽ എന്താ പറഞ്ഞാലേ അവിടെ അതുകൊണ്ട് ഓഹാന രാശിക്കില്ല എന്നല്ലേ വരിക ഓഹാൻ കത്തയ്യാ ദലീലാകാതെ ആശങ്കക്കില്ല തൽക്കാലം ആരെ പൊട്ടിത്തേക്കാൻ വേണ്ടി ദലീലും പറഞ്ഞിടക്കിന്നല്ലേ വരിക തൊഴിലിനോണ്ടാന്ന ദീതി അതാ ബൽ എന്ന് മാത്രമല്ല കാലത്തി തപിസുരത്തിൽ പറഞ്ഞിട്ടുണ്ട് അന്നഹാതൽ കൗല അന്നെ ഇന്ന ഹാതൽ കൗല യാ ശരീരാണ് എന്ന് പറഞ്ഞിട്ട് എളത്തിലുണ്ടല്ലോ അത് കാത അഞ്ഞ കോന ഗുഹുൻ കുഹുറാക മാത്രം കൊയിരക്കില്ലാന്ന് തന്നെ വലിയാഹുൽ ആയത്തി ആയത്തി ഒന്ന് വിശദീകരിക്കാം യാണെങ്കിൽ അതെന്തിന്റെ അർത്ഥം കൊടുക്കുന്ന ആകാശങ്ങളും ഹോമികളും ഇവിടെ ഉണ്ടായിത്തീരുക ഈ കാണുന്ന ഫസാദിനല്ല ഫസാദ് തീരായും ഒഴിവു തന്നെ ആകൂല ഇപ്പുറത്തുനിന്ന് ഈ രാജ് ഉണ്ടാക്കാൻ നമ്മളെ മറ്റേ രെ പൊളിക്കാനുള്ള അധികാരം ഉണ്ടല്ലോ അപ്പൊ ഉണ്ടാക്കുന്ന അല്ലി പതും തട്ടിപ്പൊളിച്ചാൽ ഓർക്കമ്പടിയിൽ ഉണ്ടാവില്ല അതുകൊണ്ട് അന്ന തക്കഹുമാ ആകാശങ്ങളുടെയും ഭൂമിയുടെയും ദണ്ടെണത്തിന്റെ തക്കമ്പുന് ഇമ്മാഭിമുൽ കുതിരത്തേന് രണ്ട് ഇരന്റെയും കുതിരത്തിന്റെ മധുരം ഉണ്ടാകാം ഔതാഹുമാല രണ്ടിൽപ്പെട്ട ഒരാളെ കുതിരത്തും ൊല്ലും ഈ രണ്ട് ഹെറ്റിമാലും ബാസിലാക്കലും എന്താ അമ്പല് മതിമൂൽ കുതിരത്തിനെയാവും അത് പരി അല്ല ഷൈനല്ല ഇരാഹി ഇലാഹിന്റെ ഷൈൻ എന്താണ് കമാൽ ഉയർത്തി കുദ്രത്തിന്റെ കമാൽ അല്ല വേദി മാത്രം ഉപയോഗിക്കാം വരി വെച്ചാൽ ഫിഫ്റ്റി ഫിഫ്റ്റി പ്രകൃതി നിന്റെ കുതിരത്ത് ഉപയോഗിക്കും പ്രകൃതി എന്റെ കുതിര പറഞ്ഞാൽ കമാൽ കുതിരത്ത് അടിച്ചല്ലോ ഈ കമാലുള്ള കുതിരത്ത് ഒരു വസ്തുവനെക്കുള്ള തവജ്ജു ആയാൽ ആ കുതിരത്തെ സാധനത്തിനെ പുറപ്പെടിച്ചു അല്ലേ അതെല്ലാം പറയുന്നത് ഏതാണ് ആഹർ ഗീതാകുമാർ അല്ലല്ല മമ്മല്ല അവർ മറ്റുവിട്ടൻ രണ്ടിനായി പെട്ട ഒന്നിന്റെ കമാൽ കുതിരത്ത് ഉണ്ടായത് തന്നെ സാധനം വന്ന് പണി മാറ മുമ്പ് പറഞ്ഞിട്ടിട്ട് വച്ചോനിക്കുന്നില്ല അവിടെ കുതിരത്തിന് ഇവിടെ ചാൻസ് ഇല്ല അല്ലേ ഇപ്പൊ പയറിസം അതിസുഹ് ആ മാറി നിന്ന് പഠിച്ചോണ്ടില്ലേ ഓ രാജ്യത്തിൽ ആദ്യമായി അപ്പൊ കാര്യമെന്തി അപ്പൊ പല ആ ചോദ്യത്തിൽ ഷൈ അമ്മിനലമിൽപ്പെട്ട ഒരു ഷൈ അമ്മ നേരം മുരൂതാകുന്നതല്ല സാനീത സാനി വന്നിട്ടില്ലല്ലാകുന്നല്ലേ എവിടെ അതല്ലേ സാനിപ്പണ്ടാരുടെയും കുതിരത്തിന്റെ മധുമുണ്ടാകുമ്പോൾ കമാൽ കൊതിരത്ത് പ്രവഹിക്കാൻ സാധിച്ചിട്ടില്ല രണ്ടിൽപ്പെട്ട ഏതെങ്കിലും ഒന്നും ഉണ്ടെന്ന് അറിയാം ഒന്നുകൊണ്ടാവുന്ന അവസരത്തിൽ ഒരാൾ ഒരാൾക്ക് അതിത് വന്ന് അരിസുള്ള അല്ല രണ്ടാൾക്ക് അതിത് വന്ന് അപ്പൊ രണ്ടാമില്ലാതെ പറ്റൂലു ആലം ആലമിൽപ്പെട്ട ഒന്നുകൂടെ മോജൂദാകാടുക്കും ആലമ മോജൂദാണ് ഇവിടെ കഥി കാണുന്നുണ്ട് അതും ഇല്ലാന്ന് പറയൽ അതുകൊണ്ട് ഞാൻ അബ്ദിലാഫുൽ നിശ്ചിമല്ല ഞാൻ അനുഭവത്തിൽ കരുതില്ല ആലമീ ഒരു തോന്നി അതോടെ കാണുന്നുണ്ട് അപ്പൊ പയക്കോന്ന് ആന പ്രസദത്താന എന്തായി എല്ലാം തൂതാ എന്നാണ് അതിന്റെ മാന അതല്ലാണ്ട് ഇവിടെ കാണുന്ന സലാഹിന്റെ മുഖാമിലുള്ള പ്രസാദല്ല ഒരു ഉദ്ദേശം പറയുന്നു അത്യതിന്റെ വലിയ أجمع آهل الحتي حقين دهل غارا يلا برم إجماع آي تند على أن جميع ما قاره المتكلمون في التوعيد توعيد اند بشيط لا يمتكلمين الفرن مضوبلون يرجعوا إلى كلمتين لندير اند قلمت ليك مردتاهم توعيد قمبلية أدلتكي രണ്ട് കരിമത്തിൽപ്പെട്ട ഒന്ന് മനസ്സിൽ എന്തെല്ലാം കാര്യങ്ങൾ ഡസോറാകുന്നവോ അതൊന്നല്ല അല്ല അതിനുള്ള വിപരീതമാണ് മനസ്സിലേക്ക് വൃത്തം ുംനസിൽ എമാണെന്നോ കാരണം ആദ്യത്താണ് രണ്ടാമത്തെ കണിമത്തോ വേറെ ഏതെങ്കിലും ദാത്തിനോട് ചവാഹത്തുള്ളതും അല്ല സിഫാത്തുകൾ ഒത്തോട്ട് ഹാലിയായതും അല്ല അപ്പൊ രണ്ട് പാർട്ടിക്കാർക്ക് ശ്രദ്ധ മുജസ്മിയാക്കാറുണ്ടല്ലോ ദാത്തിനോട് ദശമി ആക്കി ഇന്ന പോലെ ഇന്ന പറയുന്നു അവർക്കെതിരായി സിഫാത്തുകൾ ഒന്നും എന്ന് പറയുന്ന പത്സപ്പക്കാർ കൊണ്ടോ പറഞ്ഞില്ല പത്സപ്പക്കാർക്ക് ദാത്തായ ഒറ്റീമായ ഒരു ദാത്തണ്ട് സിഫാത്തുകളൊന്നും ഇല്ല എല്ലാം അതിൽ ചിലത് വ്യക്തമാക്കി കൊടുത്താൽ നഫീ താത്തുമ്പോഴേ ഞാൻ തിരിച്ചിട്ടാമ്പോഴേ നഫീ താത്തി തസ്ബി ഒത്താത്ത തിരിച്ചു വരണം എന്നാലേ കാനൂന്റെ തിറക്കി വെക്കുള്ളു അച്ഛ പോകുമ്പീ തസ്ബി ഒത്താത്ത തിരിച്ചുവെച്ചാലും കാലോപ്പിക്കാം കശ്മീറിന് സിഫാത്തുലോ ഒരു വസ്തുവിനോട് സാധനിച്ചില്ലാതിരിക്കുക താത്തിൽ എന്ന് പറഞ്ഞാല് സിഫാത്തി ഇല്ലായ്മ പറഞ്ഞു കൂട്ടിട്ടുണ്ട് മെത്തിലിയാക്കൾ ആദ്യം സിഫാത്തി തൊട്ട് ഖാലിയാണെന്ന് അപ്പൊ കമാലിയാ സിഫാത്തി താത്തീലാദ്യം തശ്മീർ പറഞ്ഞാലും കുഴപ്പമില്ല സിഫാത്തുകളെ തൊട്ടെല്ലാം ഖാലിയാവുക എന്നതിനെ താത്തിൽ ആക്കി അപ്പൊ സിഫാത്തുകളെ കിട്ടിത്താക്കി നഫീൻ താത്തിൽ ചെയ്താലും െ നിങ്ങൾ സിഫാത്തുകളിലാവട്ടെ ഒന്നിനും മറ്റൊന്നിനോട് സാദൃശ്യണ്ട് നോക്കാൻ പാടില്ല പാർട്ടിക്കാർക്കെതിരി അതിനു ശുണി വന്നത് ഒലാ കാലി സിഫാത്തില്ലെങ്കിലും നിനക്ക് മതിയായതാണ് സൂറത്തിൽ തുടങ്ങിയത് സൂറത്തു നപ്പത്ത് മുഴുവനും നബി ചെയ്തിട്ടുണ്ട് എത്ര ഉസൂല് അസമാനിയ കുപ്പന്റെ എട്ട് ഉസൂലുണ്ട് സൂറത്തുൽ നബി ചെയ്തിരിക്കുന്നു ഒന്ന് ഖസറസ് എക്കുസുല പറയുന്നു കസറത്ത് ക്സാ അടത് നല്ല പറയുന്നത് ഖസറത്തിനെ നഫീൻ ചെയ്തു ഏത് കസറത്ത് വിമാന തർക്കീമ്പല്ലാതത് തർക്കീമ്പ് അടതിന്റെ വയനാക്കുള്ള കസരത്തിനെ നെഫീം ചെയ്തു കസുരത്തിന് വണ്ടേത്തേ വേണ്ടിയിട്ടുള്ളൂ ഫിരിസ് ഉണ്ടാവും ഫിരി ഉണ്ടാവും നമുക്കില്ല ഒന്നിലധികം അപ്പൊ തർക്കി ഭാഗുമ്പോൾ ഇത് പോയി ദാസിലെല്ലാം മുത്തസിലായ കമ്മു പോയിഫിലായ കമ്മും പോയി നക്സ് ആണ് നക്സ് ഏതമാനാക്ക് എഹ് എന്നത് നക്സാണല്ലോ മറ്റൊരു സാധനത്തിലേക്ക് അപ്പൊ അള്ളാഹു സമത് കൊണ്ടുപോയി സമദിന്റെ മാനെന്താന്ന് ലോകത്താരും ഒരു വസ്തുവിലേക്കും ഒരു വിധേയയും അള്ളാഹു താനാക്ക് എഹ്യാജ് എല്ലാ വസ്തുക്കളും അങ്ങോട്ട് എന്ത് ആചാരിക്കും നല്ല സമതിലുണ്ടാവില്ല ഇല്ലത്തും പോയി ഡിമാനൽ ബസാപത്തി ബസേ തിയാവുക എന്നുള്ള അതുപോലെ ഇല്ലത്ത് മാലൂര് ശബിഹി നദീർത്ത കത്തിടത്ത് പിന്നെ അതത് നെഗസ് എല്ലത്ത് ഇല്ലത്ത് മാലൂര് ശബിഹി നദീർ എണ് രണ്ടണിയിലെ അമ്മ കത്തുറത്തും അല്ലകതും കത്തുറത്തും അകതും പോകുന്നത് വന്ദിഷാ ഉള്ള ആയതോടുകൂടി രണ്ടെണ്ണം പോയി പിന്നെ അല്ലാ ഉസ്തമല്ലേ വൻ നക്കസു വൻ കെറ്റു ദിക്കൗരി അല്ലാ ഉസ്തമുണ്ട് അതും പോയി ഇല്ലത്തും അരു ആകുകാൽ അമ്മിത് വലം ജീവിതം പറഞ്ഞാൽ ഈ സാധനത്തിന്റെ ഊജന് ഇത് കാരണമാവാനല്ലേ അപ്പോൾ ബാപ്പ ഇല്ലത്താക്കി പിടിക്കാം മകന്റെ ഊജി നെയ്യ് അപ്പൊ മകനല്ല എന്ന് പറഞ്ഞാൽ മാലൂലല്ല നെയ് വലം ഞൂലതിന് മാലൂലല്ല ലംജലിത് എന്ന് പറഞ്ഞാൽ ഇവൻ ബാപ്പയായിട്ടില്ല എന്ന് പറയുമ്പോൾ വലതിനെ ഇല്ലത്താണല്ലോ അപ്പം ഇല്ലത്തുമല്ല ലംജലിത് വലം ഞൂലതി പോയി ശബീഹൻ ഞണ്ട പോയ വലം ഞെക്കു പോകുന്നതുകൊണ്ട് അതിന് രണ്ടും പോയി അപ്പൊ നാലു ആയിട്ട് ഈ രണ്ടെന്ന പാത്രത്തിലാക്കി ാഹു അഹല്ാഹുസമത് ലഞ്ചലിത് വലത് പൊലം ഞെക്കുല്ലഹുല്ല പ്രസാദന്റെ മുഴുവനുണ്ടാകുന്നുണ്ടല്ലോ അല്ലെ ചെറുതൊക്കെ അത് ഈ പറഞ്ഞ ആ പ്രസാദ് രാമായന കൊടുത്തുകൂടാ കാരണം ലോകം ശാശ്വതമാകുന്നില്ല പ്രസാദ് ഉണ്ടാകുന്നുണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന നാളെ മരിക്കുന്നുണ്ട് ഇന്ന് നടന്ന വരിക നടന്ന സ്ഥലത്തേക്ക് നാളെ താറുമാറുകയുണ്ട് സമാധാനം നടന്ന സ്ഥലത്ത് കുഴപ്പമുണ്ടാകുന്നുണ്ട് ആരോഗ്യത്തോടെ ജീവിച്ചാൽ അനാരോഗ്യം വരുന്നുണ്ട് ആ ജാതി പ്രസാദാണെങ്കിൽ നടക്കുന്നുണ്ടല്ലോ അപ്പൊ അത് അർത്ഥം പറ്റുക അത് ഉണ്ടാവില്ലെന്ന് അർത്ഥം പറ്റുന്നു പ്രസാദിന്റെ മേലല്ല വ്യൂ ഭാഷാർത്ഥത്തിൽ ഭാഷാർത്ഥത്തിൽ ഇടയ്ക്ക് നമ്മൾ തന്നെയും ഞങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് പ്രസാദ് സലാഹ് നമുക്ക് ആകില്ല പ്രസാദ് പറയും ഉള്ളത് താറ മാറാകല്ലേ പറ്റി പറയും തീരെ അത് പിന്നീട് വരാക്കല്ലെ പറ്റി പറയും മൂന്നു വേനേന് ഒരു മായയാകും ഓർത്ത അങ്ങനെ ഉണ്ടോന്ന് പിന്നെ വിശദം എന്ന് പറഞ്ഞതെക്കിന് ഒരു സ്വാലം മഹൂറുണ്ട് മറ്റു ചില ദിവസമായിട്ടുണ്ടോ ആ മത്തിനി ചേർന്നുണ്ടർത്ഥം അരുമിൽ നിന്ന് ഗുരുവിനെ കൊണ്ടുവരണം അതിന്റെ കുതിരത്തില്ല എന്നല്ല ഇപ്പം പറഞ്ഞു വന്നത് അങ്ങനെയാണെങ്കിൽ പൊക്കൈഫ യുസ പോലെയുള്ള അമലും പല അമലും നമ്മളിലെങ്കിലും ചേർക്കുന്നുണ്ടല്ലോ അത് റെയ്ഡ് അങ്ങനെ ആക്കിയിട്ടുണ്ട് റെയ്ഡ് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഓണം അങ്ങനെ ആക്കിയിട്ടുണ്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ പലതും ഓരോരുത്തരെക്കുള്ള ചേർത്ത് പറയുന്നുണ്ടോ പൊക്കൈഫ് തകലീഫിനും ഈ ചില അമലുകൊണ്ട് നമ്മൾ തകരിപ്പാക്കുന്നുണ്ട് നിങ്ങൾ നിൽക്കുകയും നിങ്ങൾ ഓടുകയും നിങ്ങൾ വിക്രചല്ലേ ുണ്ട് അതുകൊണ്ട് കിതാബുമുണ്ട് അവ കോഴിമാരോളും അല്ല നിങ്ങൾ അവൻ ചെയ്തോള്ളമലിനെ അള്ളാഹ് റസൂലും അറിയുന്നുണ്ട് എന്ന് പറഞ്ഞു വതാരിക്ക് കതീറം ഫിൽ കിതാബി വെച്ചിട്ട് ധാരാളം പറഞ്ഞിട്ടുണ്ട് അതും നിങ്ങൾ ഈ പറഞ്ഞതുക്കി ഒത്തുമോത്തില്ലല്ലോ കൊല്ല അതിന് മറുപടി അൻ നമ്മളിലേക്ക് ആ പ്രവർത്തി ചേർക്കുന്നു ഇവനെ പായലാക്കി വെച്ചല്ലോ അതുംഹസീരി ആ പ്രവർത്തനം ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി നമ്മളോട് ഹിസാപിടുന്നതും എന്ന വയനാട്ടല്ല രണ്ടൊന്നാമത്തെ അവധി കസുബ് എന്നുള്ളത് ഹൈറായ കാര്യങ്ങൾക്കാണ് കസബ് ഉപയോഗിക്കുന്നുണ്ട് ിയാക്ക് സഭ സുമാസിയ സഭ എന്ന് പറഞ്ഞത് മനുഷ്യാണ് ശരുകൂടുന്ന് വിദ്യാർത്ഥികളുടെ അറിയിച്ചിരുന്നല്ലോ അപ്പൊ കസത്ത് ഫലത്തിലൊന്ന് ഒന്ന് കയറിനെ പറഞ്ഞു ഒന്ന് ചരറിനെ പറഞ്ഞു എന്നേ ഉള്ളൂ അത് ആ നിലക്കാണ് ലാമിണ്ടായിരുന്ന അതിമ്മിൽ നിന്ന് ഉണ്ടാക്കൽ എന്നതാണ് ഏത് ഈ ജാതി ആ നിലക്കല്ല അന്നിലക്കല്ലിക്ക അതൊന്നും കൂടെ വ്യക്തമാക്കാം അന്ന കുതിര അന്നു താരാന കുതിരത്ത് അപരതത്തിൽ മുഴുവൻ വസ്തുക്കളെയും അവൻ പുറപ്പെടിച്ചിരിക്കുന്നു അല്ലാത്ത പക്ഷേ ഇറാദത്തി അവന്റെ ഇറാദത്തിന്റെ കണക്കനുസരിച്ച് ഇറാദത്തോട് തസ്സീസാക്കിയനുസരിച്ചും ഇറാദത്തുകൊണ്ട് ആറ് തഫീസല്ലോ ആ തസ്സീസ് അനുസരിച്ചിട്ട് എവിടെ നിന്നും അദമലിന്ന് ഉരു അദമ്മിൽ നിന്ന് ഉരുവിതിലേ കൊണ്ടുവരുന്ന ഇതിനാണ് പേര് മുസൽമാൻ അനുഭവിച്ചു അതാണ് മുറാദു ഈ താല് കുതിരത്തിൽ കഥ കഥയുമായ കുതിരത്തിന്റെ താൽലക്കും കൊണ്ട് മുറാദും അത് തന്നെയാണ് വന്ന മുതിർത്തുന എന്നാ നമ്മളെ കുതിരത്തോക്കാൽ ലക്കത്ത് അത് ബന്ധപ്പെട്ടിട്ടുണ്ട് ഈ വാങ്ങില്ല അന്നൂർ മാത്രം എല്ലാ അന്നൂടും നമ്മളെ കുതിരത്തോ ബന്ധപ്പെട്ടു എന്ന് പറയാനില്ല ലോകത്തിന്റെ എല്ലാ വസ്തുക്കളും നമ്മളെ കുതിരത്തോ ബന്ധപ്പെട്ടിട്ടില്ല നമ്മളെ തന്നെ എല്ലാത്തിനോടും ബന്ധപ്പെട്ടിട്ടില്ല وهي الأفعال <سؤال> الاختيارياء الأفعال <سؤال> ماترمي ودى بطرولو التي <سؤال> نشر اللغا فيها الاختيار والمائل والقصد نعمة كمانسة القصد ومائل اختيار إذا لم يلعا إذا اللعنو ادان اختيارياء فيه نورين هذا ودى بطرولو هذا أنّ من غير إيجاد مخترام إيجاد مخترام أنّا لك الله تدير ഇറാദത്തിനാ നമ്മുടെ ഇറാദത്തിന്റെ തപക്ക അനുസരിച്ച് നമ്മളെ ഹാജായ കുതിരത്തിന്റെ ഈ താലൂക്ക് ഉണ്ടല്ലോ അതിനാണ് കസില് വല്ലാബ് പേര് അല്ല അപ്പൊ അല്ലുക്കു കുതിരത്തില്ലായിട്ടാ അലാ വസ് ഇറാദത്തി താലൂക്ക് ഈ ജാതി അള്ളാഹുദത്തിന്റെ ആ വില്ക്കനുസരിച്ചു കൊണ്ട് അവന്റെ ആദിദനുസരിച്ചിട്ട് ആരത്തിന്റെ ആ താല് താല് താലൂക്ക് താലൂക്ക് ല്ല ഉള്ളത് അപ്പൊ നിസ്ത്വ നമ്മുടെ അത് രണ്ട് കുതിരത്തോടെ ബന്ധപ്പെട്ടതായി കാണാതെ ഏതെല്ലാം ആൽ കുതിരത്തുൽ കദീമത്തോ മൽ കുതിരത്തു ആദിത്തോ രണ്ടെണ്ണം ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോ വളയൽ കുതിരത്തിൽ ആദിത്തായ കുതിരത്തിൽ ഇല്ല തീരില്ല وينما له حادثه قدرتن ഉള്ളതു മുദർറതു മുകാരറത്തി ഇ കാര്യമായി മുകാരറത മാത്രം ബെല്ലടിച്ചോ വസുന്നാമല്ല ബെല്ലടിച്ചോ വസുന്നില്ല പാടിന്നട് ബെല്ലടിച്ചോ ഒരു വസുകുന്നാണണ്ട വസുന്നത ബെല്ലിന്റെ കൊട്ട കൊണ്ടാണോ അല്ല ബ്രേക്ക് ജൂടിറ്റാണോ ആ അതന്നെ മനസ്സിലായി തോ അല്ലാഹു തആല യഖുലുകുൻ ഫഇല ഇൻദഹ ദാബിഹ കടാ അള്ളാഹു താന ആ അവസരത്തിൽ പടക്കുന്നതാണ് ഇതുകൊണ്ട് നടക്കുന്നതെല്ലാം അതാണ് ഇന്ദിഹ ഇന്ദൂത്താക്കി വിഹാൻ ഞെട്ടിൻ ചെയ്തു അതേപോലെ കൽ ലഹദാക്കിന്റെ മുമ്പ്മാസത്തിനാലിൽ ഞെട്ടി അത് എതിരെ ഇതാനല്ല എഫ് സിയാലി അലി മിസാനല്ല മറ്റൊരു ഹൈലന്യെ അതുപോലത്തെ മന്ദമേ ഗുളിയുള്ളൂ എഫ് സിയാരി അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല കൽ ലഹദാക്കി എന്നുള്ള എഫ്സി ആ ഫീലിന് മിസാനല്ല നദീതായ മറ്റൊന്ന് കാണിച്ചത് ണ്ട് അതൊക്കെ ബന്ധപ്പെടുന്ന അവസരത്തിൽ ലെഹ്റാക്ക് ഉണ്ടാവാറുണ്ടല്ലോ എഫ് ആ ഫീലായിട്ടല്ലല്ലോ നടക്കുന്നത് അതുപോലെ തന്നെ എഫിയാൻ എങ്ങനത്തുള്ളൂ അപ്പൊ പമിൻ ഇന്നഹു ഹർക്കരന മൈരനിലി കസിലി ആ വസ്തുവിലേക്ക് നമുക്ക് ഒരു മനസിന്റെ ഒരു ചാട്ടം അത് തന്നെയാണ് മെയിൽ മനസ്സം കൊണ്ടേ അത് വേണം മറ്റേത് വേണ്ട ഇത് വേണം എന്നുള്ളൊരു മെയിലിരി അതിലേക്കുള്ള കസ്റ്റും ഒന്നാമത് തല പഠിച്ചു കൊന്നുക്കല കുതിരത്തം മുസാഹിബത്താ നമ്മൾ ലെച്ചം വച്ച ഏതൊരു വസ്തുവാണോ ആ വസ്തുവിനെ പടക്കനോട് മുസാഹിബായിക്കൊണ്ട് നമുക്കൊരു കുതിരത്തിനിന്നാത്ത തന്നപ്പോള് ആ നുസുബൈലൈനെ ആ ഫീൽ നമ്മളെ കൊണ്ട് ഇങ്ങനെ ചേർക്കാന്നേ ഉള്ളൂ അതോടൊപ്പം ആ ഫെയിൽ കൊണ്ട് നമ്മളോട് തേടപ്പെടുകയും ചെയ്തു അതിനെ ഇരുനൂസി ലാഹിർ ഹാൽ ലാഹിർ ലാലി എത്ര ഫീൽഡിന്റെ അപുതി അപ്പൊ ചെറിയ കുട്ടിന് ആ ഡ്രൈവറെ മടി വരുത്തി ചെയ്ത് കൊടുത്തു ഞാൻ പിടിച്ചോന്നു ഓടിക്കുന്നതിനാൽ തന്നെ മറ്റോന്നല്ല ചോട്ടുന്നതും പുത്തുന്നതും കൃതിമാറ്റുന്നതല്ലോ മറ്റോതി ദൂരത്ത് നോക്കുന്ന സന്ത തോന്നു ആ കുട്ടിയാവാൻ ചോദിക്കുന്നുണ്ട് തോന്നുന്നു അല്ലഹോ പേരുള്ളില്ല അതി ലാഹിരിൽ തോന്നിക്കുന്നത് എന്താ ആ പുതിന്റെ കയ്യിലാണ് വൈദാനുതരീൽ തവഹീദിലേക്ക് നോക്കി ഏ തവഹീദിന്റെ ദലയിലേക്ക് നോക്കിയാൽ കഥഅ ആ നോക്കുന്നവന് തീർത്ത് പറയാം മഹുദൂക്കൻ ഇല്ല ഇല്ല ഇല്ല ആ ഫേരി അള്ളാവിന് മഹദൂക്കൻ ഇല്ലാത്ത വേറൊന്നും അല്ല എന്ന് ആ നാഥെന്നുണ്ടാക്കാം കത്ത് ചെയ്ത് പറയാ വരാൻ വേറാനാവരുണ്ടല്ലോ ആ നാദ അങ്ങനല്ലാത്തപക്ഷം അത് ഒരു മുഖം ഒരു മുഖദ്ദമുണ്ടാവും എന്ന് വെച്ചാലോ ഈ ഫീലും രണ്ടും രണ്ട് സാധിക്കുണ്ട് അല്ലെ ദസിമ ശരീഫിലൂ രണ്ട് കാലിക്കുണ്ടായി തന്നാറു താലൊക്കെ പരിശുദ്ധനാകുന്നു പർണിമ അപ്പോൾ അറിയപ്പെട്ടു അന്നാറ താല്ലുക്ക ഈ താല്ലുക്ക ഇബാറത്തൻ മുഖാറണത്തിന് ഉദരത്തിൽ ആദിതീ ആദിതത്തായ പുതിരത്തിനൻ ാണ് ഈ താലൂക്ക് താലൂക്ക് താലൂക്ക് താലൂക്ക് ഒന്നാണ് ഇപ്പം പറഞ്ഞത് അത് ഇല്ലായ്മ അന്നലക്ക് നോക്കിയിട്ടാണ് തുളാപുല്ലിൽ അബുദി അബുദിരേഖ ആളുകൾ ചേർക്കുന്നത് ഡൈക്ബാ നർ ലഹ നക്സുണ്ട്സ് അതിലേക്ക് നോക്കി വലുതൊ സവാബിക്കാബോ കസിന്റെ സവാബുണ്ട് ഇക്കുത്തസാബിന് കാബുണ്ടല്ലോ അതാ എത്രത്ത കുസ് സവാബ് വല്ല കാഹീൻ പതിരുകൊണ്ട് മാത്രം അതല്ലാതെ അവതാര ഇരുവീതി സവാബിന് ഉണ്ടാക്കുന്നില്ല ഇക്കാബിൾ ഉണ്ടാക്കുന്നില്ല <kung government> ി മഹനുൽ പതിൻ്റെ അടുത്തേക്ക് നോക്കിയിട്ട് സവാബിലേക്ക് നോക്കിച്ച് അവിൽ അതിലി അല്ലെങ്കിൽ മഹനുൽ അതിലാണ് എവിടുത്തേക്ക് നോക്കിയിട്ട് ഇഹാബിലേക്ക് നോക്കി വൈസമ്മുതു അതുതിന് പേര് അറിയപ്പെടും ആ അവസരത്തിൽ മുഖ്താർ എന്ന് പേര് അറിയപ്പെടും എന്താ അവൾ ആരുടത്തേക്ക് നോക്കി ചെയ്തു വൈന്ദ കൽക്കല്ലായി താനൽ ശരീരത്തിൽ അകുതി അടുതി ആ ഫീലിങ് അന്നാമ പടക്കുന്ന അവസരത്തിൽ ലഹു ഏടാ കുതിര ഇവന്റെ കുതിരത്ത് കൂടാതെ കണ്ടു ബ്രൂക്കാരണത്തായിച്ചാ പടക്കുന്നു ഈ സമ്മാ മജബോർ അന്ന് അതിന്റെ പേരെന്താണ് മജിബൂർ മുസ്തറെന്ന് പേര് അപ്പൊ ലാഹിൽ മുഖ്താറ് ബാതിരിൽ മജബൂർ വകത്ത സല്ലല്ലാഹു സുബ്ഹാനഹു വതആല അലൈനാ അപ്പോൾ ഈ മജ്ബൂറിൻ്റെ ആലിക്ക് നോക്കിയേ നമുക്ക് സബബ് വൽകാബ് ഒന്നും വെഞ്ഞിയില്ല ദ അല്ലാഹു തആല അനുഗ്രഹം ചെയ്യ്തു علينا فِي ഹാദിഹിൽ ഹാലതി ഈ ഹാലത്തിൽ ഈ മജ്ബൂർ മുൽതറവുന്ന അവസ്ഥതി ഈ സ്വാതി തക്ലീഫ് തക്ലീഫ സകിർ ദാകകൊണ്ട് അല്ലാഹ നമ്മക്ക് അനുഗ്രഹം ചെയ്തിരിക്കുന്നു വദൗ ഷാഅ അല്ലാഹ വണ്ടഗ വെച്ചില്ല കല്ലഫനാ അൻഹ അയിലൻ ഇഖ്തിയാർ നമ്മ നേരത്തെന്നുണ്ടേ തക്ലീഫുണ്ടല്ലോ എന്നതുപോലെ തന്നെ ഇസ്ത്രാന്റെയും നേരത്തും തക്ലീഫാക്കാൻ അല്ലാതെ കഴിയുമായിരുന്നു പക്ഷെ അല്ല കണ്ടാന്ന് വിശ്വസിക്കുന്നു അത് കവിലാണ് വൽ പെർക്കും നല്ല അറക്കത്തിന്റെ വൽ ഇസ്ത്രാന്റെ ഡെ പറക്കെന്താണ് അതിന് വേറെ ദലീലൊന്നും വരണ്ട എല്ലാ തന്നെ അറക്കത്തും ഇസ്ലാരി അറക്കത്തൊന്നും വേറെ തിരിച്ച് മനസ്സിലാക്കി തരോന്ന് ചോദിച്ചാൽ അത് എല്ലാവർക്കും തിരിയുന്ന കാര്യം തന്നെ അത് വേറെ ധരിയുന്നു പറഞ്ഞില്ലെന്ന് മറ്റേ പറഞ്ഞില്ലേ ചെറുപലക്ക അതിനെന്താ പറഞ്ഞത് ഒരാളിങ്ങനെ കൈയ്യെടുത്തിട്ട് പേരെ പിടിച്ചിട്ട് ഇങ്ങനെ എഴുതുന്നു അത് ഇഷ്ടത്താന്ന് ഒരാൾക്ക് എന്തെങ്കിലും ഇങ്ങനെ അല്ല വേറൊരു സാധനം പറക്കുമ്പോൾ ആളക്ക് ഇങ്ങനെ വിളിക്കുന്നു അത് ഇത്രയെന്ന് വേറെ തിരിയുന്നുണ്ടല്ലോ രണ്ടിനാണിക്ക് വളരെ വ്യത്യാസം ഉണ്ടല്ലോ അത് അത് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല നി ആ പറക്ക് മിമ്മ ചില കാര്യങ്ങളിൽ പെട്ടതാണ് ആ കിലായ എല്ലാരടുക്കലും വളരെ ബദീയാണ് അതെങ്ങനെയാണെന്ന് വേർതിരിച്ച് മനസ്സിലാക്കി തേണ്ട ആവശ്യമില്ലല്ലോ അപ്പോ ജബരിയാക്കൾക്കുണ്ടല്ലോ ശരി അല്ലെ ജബരിയാക്കള പറച്ചിട്ടുണ്ട് അമ്മ വ്യത്യാസമുണ്ട് ഓർമ്മാഹിലും ബാത്തില്ലും മജുപൂർ ആണെന്നാരോക്ക് ജബരിയാക്കള വോക്ക് നമ്മൾ അങ്ങനല്ല ബാഹിലുൽ മുഖ്താറാണ് ബാത്തിൽ മജുപൂറിനെ കണ്ടുള്ളൂ അല്ല അപ്പാത്താലത് ഇങ്ങനെ വന്നപ്പോൾ ബാതിലാണ് കറുൽ ജബരിയെ തീ ജബരിയാക്കളക്ക ഒരു ബാത്തിലാണ് എന്താ പറഞ്ഞി അന്നഹൂരാ കുതിരത്തലില്ല കുരി അടുതിന് കുതിരത്തേയില്ല എന്നാണ് ഓരോ വാദം എങ്ങനത്തെ ആ അകുദിനുള്ള പേരിനോട് മുക്കാലിനാവുന്ന ഒരു കുതിരത്തേയില്ല ില്ല ബാഹു മതിപൂറും ബാഹിതം ബാപ്പിനാൻ രണ്ടും മതിപൂറാണ് എന്നതാണ് അവരവാദം ഇവിടെയാണ് ഇത് സൂഫിയാക്കൽ അപ്പാരിലുള്ള ഫനാഗ് അടച്ചുമ്പോ ഇതിൽ ഉറച്ചിരിക്കുന്നോ അല്ല അവിടെ തീരുമാനിക്കേണ്ട രംഗം അതിനാണ് ആണാത് സൂപ്പിയാക്ക് തോന്നണെന്ന് തോന്നുന്നു ആവിലുള്ള ഫലാഗ് വരും അപ്പാലിലുള്ള ഫനാഗ് വരുമ്പോ അപ്പൊ എന്തെങ്കിലാണ് ജബുരിയാക്കൽ പറഞ്ഞത് അതിനല്ലേ ചില ശത്രുഹാർത്ഥികൾ ഇങ്ങനെ വരുന്ന അവസരത്തെ മധ്യസിലാകുന്ന ഭാഗത്തേക്കും പോകും കാണാ എന്റെ കയ്യിലെന്റെ കാര്യത്തിൽ ഞാൻ തന്നെയെന്ന് ഒരു വന്ന് കെട്ടി തൂക്കിയൂല്ല പോലെയാണ് കാട്ടിലേക്കാണ് തുമൽ ജിരു കാറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് അതിനെ ചായക്കുന്നതാ അങ്ങോട്ട് നീങ്ങാനോ ഇങ്ങോട്ട് നീങ്ങാനോ യാതൊരു രക്തിയാകമില്ലാത്ത രീതിയിൽ അങ്ങനെയാണെന്നാണ് അവർ പറയുന്നത് അതായത് ജബരിയാക്കണം കൗരൾ കഥ കഥനീയാക്കട വാദവും പാട്ടിലായി എന്തിനോട് ഇപ്പൊ മത്താല കൗരുകൾ ജബരിയത്തിനുള്ള കൃത് ഇപ്പൊ ജബരിയത്തിന്റെ കഥയത്തിന്റെ ഇടയിലാണ് അഹസത്തിന്റെ പോക്കുള്ളത് അതെ സുന്ന സുന്നല്ല അത് സങ്കാരം ഉണ്ടാക്കിയ സുന്നത്ത വേണ അത് ഏടിയോ ഇത് ഓടിയോ അത് കൂട്ടി പിടിക്കാനുള്ളൊരു പൗർത്തി കതിരിയാക്കള കൗരും പാട്ടിടായി തീരൽ കുതിരത്തിൽ ആദിതത്തി ആദ്യത്തായ കുതിരത്തിന്റെ തീരുണ്ടെന്ന ആര് പറയുന്നത് കതിരിയാക്കത് ചില്ല ആ ലി തകസിണ്ട് അല്ല ഇറാദത്തിൽ അകതിന്റെ ഇറാദത്തിന്റെ കണക്കനുസരിച്ചിട്ട് ആദ്യത്തായ കുതിരത്തിന്റെ തകസീലുണ്ട് എന്നാണ് ആരാധം കതിരിയാക്കടവാദം അതും പോയി വൻ ജബിരിയത്തു കൊപ്പാറും നിങ്ങൾ വന്നത് അതിനെ കംപ്ലീറ്റ് പൊളിക്കുന്നുണ്ട് കതിരിയാക്കടക്കണം അതീ കൊപ്പരൽ കതിരിയത്തിയ ചിലാഫ് കദരിയാക്കിന്റെ കുപ്പറില് അൽ അസ അഥമ കൊരിയും ഒഫറിയില്ല എന്നാണ് അസഹ്യം ഞാൻ വൈൻ ലസിമാ ശരീക്കിനില്ലായിട്ട അന്നാമത്താലാന്റെ കൂടെ അപ്രാലിന് പണി ശരീക്കിന് ഇത്ബാത്ത ചെയ്യൽ അവർക്ക് ലാജ്യമായിട്ടുണ്ടെങ്കിലും ഇല്ല എണ്ണവും നമ്മ അത്മത്തുള്ള ഇല്ലായിട്ടാലാ കൾക്കല്ല പക്ഷെ അവർ എന്താക്കുന്നുണ്ട് അള്ളാഹു താല അബിദിനെ പടച്ചിട്ടുണ്ടെന്നും അബിതിന്റെ കുതിരത്തിന് ഇമറാത്തിന്റെ എല്ലാ കാലത്ത് അള്ളാഹു അവർ സമ്മതിക്കുന്നുണ്ട് ആ കുതിരത്തിന് ദീനുണ്ടെന്നതിനെ അവർക്ക് ഭയച്ചിട്ടുള്ളൂ സാറ ചേലാ ചിലൻ അക്കേക്കത്തെ മഹുലോക്കും അല്ലാഹു തല അറ്റയക്കത്തിന്റെയൊക്കെ നോക്കിയാൽ അബിദിന്റെ ശൈലും അള്ളാഹുവിന്റെ മഹുലൂക്കാണെന്നതാണ് എന്റെ യഥാർത്ഥത്തിലുള്ളത് പക്ഷെ അവർ പുറത്ത് സമ്മതിക്കാത്ത കൊണ്ടാണ് ആ തക്കം വന്നത് അതവിടെ തീർന്നു അപ്പൊ ആ ഒരു ലെപ്പറ്റി ഇത്ര നേരം പറഞ്ഞത് മൊബർ മിശാലാക്കിന്റെ നേരത്തെ കല്ല്ഹറാക്കിന്റെ ഉമാസത്തിന്റെ നാളെ അത ആ ഒരു അല്ലല്ലോ ആദ്യയായ ഉമ്മൂറുകളാണ് അപ്പൊ ആദിയായ ഉമ്മൂറിനോട് മൂബർ തിയാസാക്കിയിട്ടുണ്ട് അപ്പൊ ആദ്യായ ഉമോറും ഇതേ കോടതി തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടെന്നാണ് പറയുന്നത് അതാറാൻ ഇനിയും അറിയപ്പെട്ടു انه لا تثير الامور العاديه عاديه الله. امور هذا ادله كثيره انما الامور التسهيل بالامور التي يكثرن بها عاديه, عادية امور, عاد أمور ايه والله امورുകളുമായിട്ടാണോបត្តិരിക്കുന്നது ആ വിശേഷിതയില്ല عاديه امور القطعه امور وماصت النار ايه அது مقارنهയ മറ്റേ امور എന്നാണ് ഇഹ്റാക്ക് വെള്ളം കുടിക്കൽ എന്നതാണ് ആതിയായ ഒരമൃത് അതിനോട് മുക്കാലനായ മറ്റുതാണ് ദാഹൻ തീരൽ എന്ന അമൃദ് അപ്പോൾ ചിൽ ഉമ്മൂരിൽ ചില ഉമ്മൂറുകളിൽ ഉദാഹരണത്തിന് വിശപ്പ് മാറൽ എന്ന ഉമ്മൂറിൽ അല്ല തീ എങ്ങുമാൻ എക്ക് തരാനെത്ത് ആദിയായ ഉമ്മൂറുകൾ ബന്ധപ്പെട്ടിട്ടുണ്ട് ആ ഉമ്മൂറിച്ചു ആ രണ്ടെണ്ണത്തിൽ തകുത്തീരില്ല അപ്പൊ പതാ തകുതീറ നിന്നാറിഹാക്കിയതാ നിന്നാറാണേത് അല്ലുമ്മൂറിൽ ആദ്യ എത്തി يهراكه الا التي اقترنت بها الناموس اذ التثير لا ولا لتحام في السبعي بسبب موارد بيئات تحام منهم التثير لا ولا للمائي الري داندنه بشته ماءهم الا ولا في باث السرعي نقرا نتممكن بشته التثير لا فهمتني ورال الكواكب كواكبهم توذير لله في الاذ الفضاءات هي فاكهتنا فاكههトルണ്ടോ फलங்களൊക്കെ ಅದিন্ন ورايه مات الدين توذير لله ओनली ورال الافلاك افلاكهم تغثير لله في شيء من الاشياء اور شيء الا அது फर्स्ट अप का अर्थ होता तरी अफला കൊണ്ടല്ല ഉണ്ടనല്ലേ আলাইকুম السلام ورال السكينه se kiyen katibu adan tarayilal fil qatihi wala le shayyin fi da fiha dinu baradin au dalbihima kada sudu neyo tarakne velikunna visayatil alle tarakna visayatharum theerilla wagairu dadika wala le bis tabi la bis tabi tabu kondulla theevam illa illathu kondulla theevam illa illathu kondanna vaaradu sorry parayunnundu വലാ ബിഖുവത്തിന്നഹുദ അഹല്ലഹു ഫീഹാ ഈ വസ്തുക്കളല്ല അല്ലാഹു താന കാലേകൂടി നിശ്ചയിച്ച വെച്ച ഗുവതണ്ടല്ലോ ആ ഗുവതുകൊണ്ട് ദവീറം ഇല്ല വരീ തഗതീറ ഫീ ദാലികുല്ലീഹി ഈ പ്രയപ്പെട്ട അല്ലാത്തിലുമുള്ളതേ ദവീറില്ലാഹി സുബ്ഹാനഹു വതആല വഹദഹുമാത്ര അതെന്ന ബിമാ ഇഖ്തിയാരിഹി ഇഖ്തിയാരിഹി അവ ഇഖ്തിയാരൻ വഹദഹുമാത്ര അതെന്ന അവിടെയും ഫസഫതഹറ കൊണ്ടൊക്കെ ഇല്ലാത്ത ദബയിന്റെ الله إلا التاغتين أظنعاً وتمتلك أيضاً مهدولاً دائلاً لنا أظهر الله اختهار ولو قلت لنا إن دا حدود هذه اللا الشيار إن دا ورنا عردن لسؤال مشهور هذا يجب أن تقول كراً ليس إلا أولا ميثل موالاة شيء إلا ما ورده أولا موالاة إلا نلا أولا ميثلاء سأولا إلا ميثل ساول الله ورده അപ്പോ ഒരു സാധനം ആ സാധനത്തിനൊരു മിസില് മിസില് പോലോതും ഇല്ല നോക്കാം അന്ന ബൈനൽ കാഫി വമിസിലിൻ കാഫിന്റെയും മിസിലിന്റെയും ഇടയിൽ ഒരുമിച്ച് കൂട്ടി അവിടെ അല്ലേ ജൂഹിമോ അത് ഈഹാമി ചെയ്യുന്നു മുഹാല ഒരു മുഹാലായ കാര്യത്തിന് അത് ഉണ്ടാക്കി തീർക്കുന്നു എവിടെ എന്താ മിസിലി കാന എന്താ മിസിലിന്റെ മാനാക്കല്ലേ അപ്പൊ മിസിലിന്റെ മിസിലില്ല അപ്പൊ മിസിലേ ഉള്ളൂ എന്നല്ലോ കിട്ടിയത് ഒരു സാധനം ആ സാധനത്തിന് മിസിലി മിസിലിന്റെ മിസിലില്ല അപ്പൊ ഈ സാധനം ഇല്ലാണ്ടുള്ള മിസിലാണ് ബാക്കി അർത്ഥം കിട്ടിയത് അപ്പൊ വൻ നഫിയു ലൈസ എന്ന് പറഞ്ഞിന്ന ഏതിന്റെ മേലാണ് ഈ മിസിലിന്റെ മകനാക്കുള്ള കാട്ടിന്റെ മുകളാണ് ഇപ്പൊണ്ടാക്കിയത് ലൈസ വന്നിട്ടുള്ളു നഫി ചെയ്യപ്പെട്ടുള്ളു മിസിലിന്റെ മിസിലില്ല മകന്റെ മകനില്ല എന്ന് പറഞ്ഞാൽ മകനില്ലാന്ന് വരില്ലല്ലോ എന്താ പറയുക മിസിലിന്റെ മിസിലില്ലാന്ന് പറഞ്ഞാൽ മിസിലെ മിസേടമാക്കിണ്ടല്ലോ മിസിലിന്റെ മിസിലുള്ളൂ അങ്ങനെ വന്നത് ഒപ്പം അതാണെങ്കിലും ബാത്തിലാണ് എന്തുകൊണ്ട് മറ്റിലാക്കി രണ്ട് കൂടി ബാത്തിലാണ് അഹർ ഒന്ന് ആയത്തി നമ്മൾ ആയത് കൊണ്ടാന്ന് എന്തിനാണ് തുല്യമായ ഒന്നുമില്ലാന്ന് പറയാനല്ല അതല്ലാണ്ട് തുല്യ കാത്തിനോട് തുല്യമായതിന് തുല്യമായതില്ലെന്ന് പറയാനല്ലോ ആ ില്ലാന്ന് പറയാനാണ് അയച്ചുകൊണ്ടാത്തത് നമ്മളെ മക്സൂദിൽ എത്തുന്നില്ല ലാ നസിയ മിസില് മെറ്റിലേ രാജിന്റെ മിസിലിന്റെ മിസില് നബി ചെയ്യാൻ വേണ്ടി അല്ല അയച്ചു കൊണ്ടാത്തത് ഒന്ന് വൻ ലാത്ത രണ്ടു വലിയിൽപ്പെട്ട മറ്റേത് അന്ന നഫിയ മിസിലൻ മിസില് മിസിലിന്റെ മിസില് നഫീചെയ്യൽ ഇസ്ബാസൽ മിസിലാണ് ആക്കിണ്ടതും വരും വളമുഹാലൻ അത് മുഹാലാണതാനും വളം വെക്കുന്നവർക്ക് പോകാനെതിലേ അതിന് മറുപടി ആറ് മറുപടി ആയിട്ട് പറയാനുള്ളത് വേണ്ടിയല്ല പറഞ്ഞിട്ട് ചില കെബത്ത് കൂട്ടലുണ്ടല്ലോ അഹമ്മദെ ഫബീർ അഹമ്മദിന്റെ മേനിലൂ അതിലേ പറയാവുന്നൊരു മറുപടിയാണ് ഉള്ളതാണ് അപ്പൊ ഒന്നാമത്തേക്ക് വിശ്വാസം പറഞ്ഞു അതൊക്കെ അല്ലീദാണ് എന്തിനു നോക്കിയത് നബിന് നഫീ ചെയ്യാൻ നഫീ ചെയ്യാനുള്ള തൗക്കീദിനാണ് കാപ്പു കൊടുത്തത് അതുകൊണ്ട് മുദൻ മിസുലി ഇല്ലാണ്ടായിരിക്കുന്നു ചെയ്യപ്പെട്ട രീതിയിലുള്ള ഇൻഡിഫാഗ് ശക്തിയേറി എൻഡിഫാ ഇന്തിഫാഗായിരിക്കുന്നു മക്കദൻ നല്ല എന്നും നഫീൽ മുഹക്കദില്ല മിസുലൻ മിഥുലി നിസിലിന്റെ മിഥിലായ മുഹക്കത് ഉണ്ടല്ലോ നിസിലിന്റെ മിഥിലായ മൊത്തമുണ്ടാക്ക് അതിന് നഫീ ചെയ്യാൻ വേണ്ടിട്ടല്ല ും വക്കതും ഇല്ലപ്പോ മിസിലിന്റെ ആടാ ഈ കാപ്പ് തഴക്കിരുന്നു മിതില് അപ്പോൾ മിസിലില്ല വാക്കതായ രീതിയിൽ ഇതിപ്പോ ആയിരിക്കുന്നു ഒരർത്ഥം എന്തല്ലാണ്ട് ലാ അന്തവും ഇന്നപ്പിയിൽ വാക്കതല്ലതീവ മിസിലും മിതിൽ വാക്കതാ മിസിലിന്റെ മിതിൽ എന്നെങ്കിലല്ലേ ബക്കാൽ മിസിലി മിഥിലുടെ വാക്കിയുടെ വരുള്ളൂ അന്നലക്കെല്ലാം രണ്ട് എന്ന വയനാക്കാണ് മിഥിലിന്ന് പറയുന്നത് അവന്റെ തുല്യമായ ഒരു സാധനമില്ല നയ്യന്ന മസലെന്ന് പറഞ്ഞാൽ ഐസിഫത്തി وللله العلم المطلق والنقل فضل هنا صفته الناضله ارادوا الرابعه تمروا دي انه بما انا نفسين نفسين ده معناته ماشي عادي برضو என்ன தானோ ادين ده ندا بتاعت دي معناتا ايه دلوقتي اهو فان امنوا بمثل ما امنتم به جاولوا تفك به تداول فايمنو يهود النصارى ايمان قولواយ៉ាងെങ്കിൽ بمثل ما امنتم به നിങ്ങൾ എന്തുകൊണ്ടാണോ വിശ്വസി അതുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ചത് കൊണ്ടാ നബീനെ കൊണ്ടും കുറാൻ കൊണ്ടു അതിന് മിസിലില്ലല്ലോ അതിന്റെ അയിൽ തന്നെയാണല്ലോ ഖുർആാനും മിസിലില്ല നബീ സല്ലാ അലി വസല്ല മിഥിലില്ല എന്നിട്ടെന്താ പറഞ്ഞുകൊണ്ട് മിസിലിമാനന്തു അപ്പൊ ബിമാഅന്ദ്ര അതേ സാധനം തന്നെ അഹ് അഞ്ചാമത്തേത് അല്ലായത്തി കിനായത്തിന്റെ ബാബിൽ കൂടിയാണ് അതാണ് മുത്തദ്ൻ പറഞ്ഞത് കിനായത്തോണ്ട് പറയണ്ട് അത് നേർക്ക് നേരെ പറയുന്നതിന് നിങ്ങൾ പോലത്തെ ആക്കി വെച്ചല്ലാട്ടാന്ന് വെച്ചാൽ നിങ്ങൾക്ക് വെച്ചില്ല അത് നിങ്ങൾക്കും പറ്റൂല നിങ്ങളെ അല്ലാത്താക്കും പറ്റൂല നിങ്ങളെ പോലത്തെ വേറാക്കും പറ്റൂല അപലമായി നിങ്ങളെ വർഗത്തിലേ വറ്റൂലായി ഒരു മുലർക്കെ മാടിക്കൊട്ടും കൊണ്ടിടക്കുമ്പോ നിങ്ങക്ക് പറ്റിയല്ല എന്ന് പറഞ്ഞിട്ട് പോലെ നിങ്ങൾക്ക് പോലത്തെ ആള് ഇത് ചെയ്താൽ മോശം എന്നുവെച്ചാൽ നിങ്ങളും ചെയ്തുകൂടാ നിങ്ങളുടെ ഭാവി പോട്ട ആർക്കും ചെയ്തു കൂടാന്നാണ് നിങ്ങൾക്ക് മാത്രല്ല അപ്പൊ ജിൻസിനെ ദുഃഖിക്കാന്ന് പറഞ്ഞാൽ അപ്രാദിനെ ഒട്ടും പറ്റില്ല അതോ കിനാസ് ആക്കുമ്പോൾ കണ്ടാ അതിൽ തെരി രണ്ട് തെരിയൊക്കെ ഉണ്ട് കിനാസ് ആക്കുമ്പോ ആ രണ്ട് തെരീക്കിൽപ്പെട്ട രണ്ടാമത്തതാണ് ഹസ് സാധിസ് ആറാമത്തെ അവരോട് ഇനാറ്റു നോക്കുമ്പോ രണ്ട് തെരീക്കുണ്ട് രണ്ട് തെരീക്കിൽപ്പെട്ട രണ്ടാമത്തെ തരീക്കാണ് സാധിച്ച് അപരിഹിമ രണ്ട് തെരീക്കിൽ പെട്ട രണ്ടെണ്ണം വരണ്ടേ അങ്ങനെ തരീക്ക് എന്താ അന്ന നഫിയ മിഥിലുൽ മിഥിലുൽ മിഥിലിന്റെ നഫിയല്ലേ ഉണ്ടായത് ലൈസൗണ്ട് ആ ലഫി കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് തന്നെയാണ് നിങ്ങളെപ്പോൾ താങ്കൾ വെറ്റിയല്ല എന്നാലും നിനക്ക് വെച്ചാ ഇതുകൊണ്ട് മിസിലി മിസിലിന്റെ മിസിലെ ലാസിമിൽ മിസിലി മിസിലുൽ അപ്പൊ ലാസിമെന്നെ ഇല്ലെന്ന് പറഞ്ഞാൽ മത്സ്യം പറ്റില്ലാകും لازم يجب أن يكون لكي الملسومين لكي الملسومين لكي الملوريك وقتاني أنها من بابي نسلوك العائد وصر كنات آمن لن نور طريق كنات آمن لن نور طريق نسلوك العائد وصرود ورد إنه الفورتاقي ياد المخلو اللعفا إنه سمخل اللعن إنه الفورتالي ഒരു വക്തരം കാട്ടാത്താടാ അന്ത അല്ലാത്ത വരിക അപ്പൊ അഭിലവായു അഭിലവായക ഇനി തലം മുനിയാത്തു സരീഹനക്കാണാ കിനായത്തിലാണ് അപലം കിട്ടുന്നവരില്ലേ അതുകൊണ്ട് ഇനി തലമുനിയ കിനായത്തിൽ ഉൾക്കൊള്ളിക്കുന്നതുകൊണ്ട് സരീഹിനെ കാണാത്ത അതിന്റെ ദലീലിനെയും കൂടി ഇസ്ബാത്താക്കുന്നുണ്ട് നിങ്ങളെ പോലത്തെ ആ വക്കീൽത്തരം കാട്ടില്ലാന്ന് നിങ്ങൾ വകീൽത്തരം കാട്ടില്ല എന്നാണ് നിങ്ങൾ പോലത്തെ വേറെ ആരും നിന്നും വക്കൽത്തനം കാട്ടാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ തെളിവ് നിങ്ങൾ വക്കീലാകില്ല എന്നുള്ളതി നിങ്ങളെ വർഗത്തിൽപ്പെട്ട ആരും അഭ്യന്തരം കാട്ടുന്നില്ല എന്നതാണ് ഇന്ന് തെളിവും തിരിഞ്ഞാൽ അഷാറഭിതാലിക്ക അതുകൊണ്ട് ചോദിപ്പിച്ചത് ഇല അന്ന തീരു എന്ന പാഴ്ത്ത് പറഞ്ഞില്ലേ ആ പാന്നുള്ളത് വൈദ അലിൻസാന് شرطنا جوابا يكونوا بعد الامن والتنم أوردك أنا قناك شن مفرعا على وجوب البهدان لهو تعلق إذناء وصفات والأفعال الذي يقول الله وَاللَّهُ خَلَقَكُمْ وَمَا تَعْمَلُونَا إِنَّ عَاتٍ لِّنْيَعْمِنَنِهِ استدلال الى استدلال الناره في العلم في راضه تعالى بالإيجاد ഈ ജാതകൊണ്ട് ഇല്ല ഇമയിൽ നിന്ന് ഉണ്ടാക്കിയത് എന്നതിന്റെ തെളിവ് അത് സ്വഭാവം കാലത്തും മാ വമ താമരൂൻ എന്ന മാ ആയാലും തിരക്കടില്ല മസ്തരിയത്തായാലും തിരക്കടില്ല മോസോളി ആയാലും തിരക്കടില്ല മസ്തരിയത്താകുമ്പോൾ എന്നാ ഔര് കൊടുക്കുന്നത് മോസോലിയാക്കിയാലോ അമ്മാമരൂനോ എന്നൊരു നബി സംഘടിപ്പിക്കേണ്ടി വരും അങ്ങോട്ട് മടങ്ങണ്ട സുരൈന്ന് മോസോലും മടങ്ങണ്ടെന്നും ഒമാതാമനൂലമോ അപ്പം ഈ മാന അല്ലെ മാനാക്കളിലെ മോസോലിയാക്കാൻ നെൽക്കടില്ല രണ്ടർത്ഥം വെച്ചാലും സരി ചെയ്യാം കൂടെ മസ്തരിയാക്കി ഞാൻ ഉള്ളത് വസാലക്ക അമലക്കുന്നല്ല തെളിയിൽ കൊടുത്തത് എന്ന ഇത് രണ്ടിനേതാ നല്ലത് മസ്തരി താക്കലാണ് നല്ലത് എന്നാലി ഷാഹിൽ പറഞ്ഞതുപോലെ വഹാലാക്ക ആ മേലക്കും എന്നല്ലേ ശേഖ പറഞ്ഞത് അതാ അക്ഷറ ശേഖരെന്നെ പറഞ്ഞില്ലേന്ന് ആ ഈ വഹാലക്കാൽ അതാണ് ഔല എന്താണെന്ന് വച്ചോദ്യാഹിദത്വം നമ്മുടെ വാദത്തിന് അങ്ങനെ ആക്കുമ്പോ ആ വിദ്യത്ത് വളരെ പഠിക്കാറുന്നത് എന്ന് പറഞ്ഞിട്ട് മോസൂരിയാക്കുന്നതിനാൽക്കാണ് നല്ലത് അമസ്ഥയാക്കുന്ന നമുക്ക് നല്ലത് മാത്രമല്ല വായുനൻ മറ്റു കായിക്കൊണ്ട് വമാ താമലൂന ഹൂന ഹൂന സങ്കല്പിക്കേണ്ടി വരുന്നില്ലാത്തണ്ട് കൂട്ടിച്ചേർക്കേണ്ടി വരുന്നുണ്ട് അല്ല പറഞ്ഞിട്ടില്ലാത്തത് ഒന്നുകിൽ ആളെ തണിന്നെല്ലാം പത്തണ്ടേ വായുനൻ ലാ എവി തക്ക തീരെ ആയുധം മാ ഇനേക്ക് മടങ്ങുന്ന ആയുധം സങ്കല്പിക്കേണ്ട ആവശ്യം വരുന്നില്ല മൗസൂലത്താക്കിയാൽ അങ്ങനെ രണ്ട് കോട്ട വരുന്നുണ്ട് ി തത്ീരല്ലീ ആ സങ്കൽപ്പിക്കലേ ആ താമരൂനെ ഹൂന്ന് മൗസൂലിയാക്കുമ്പോ ചെറുക്കെറുത്തേക്കെത്തി വായ്മ അമനല്ല നീ താമരൂനെ ഹൂന്ന് സങ്കല്പിക്കേണ്ടി വരും മാ എന്നോ അൽ അമനല്ല നീന്ന് മൗസൂലിയാക്കി ഹൂന തമ്മീ സങ്കല്പിച്ചു والهجت فيه خفية ما تغم الله نمنا بادتن من جسد آول أول سريع خاطاون بلي الامل كند الله مراد الحاسر بالمستر هذا حاسر بالمستر عمل انو نعبانيه دكال انو عد الله حاسر بالمستر الدكال انو دم مستر فا الدكال انو دامور عدين دولي اللي حاسر مستر نور اني عر المراد بالامل أعملكم من المرادة الحاسب بالمصدرية عملان وتشيك النظر شيّل النظر وليّا هذا حركات سقنات لا المعنى المصدرية ومصدرية أم معنى كلا وهو الليقاء المصدرية معنى المصدرية إيقاء هذا يدكّل النظر فاني يدكّلن فانيّم مصدرن حاسب المصدرين من النظر ണത്തിൽ കുതിരത്തിൽ ഹരക്കാസ് ഹരക്കാസിനോട് ഹാരിച്ചായ കുതിരത്തിന്റെ മുഖത്താണ് ഈ കായ് അതാണ് മസരിയായ മാന അതെല്ലാം കൂടെ ഉദ്ദേശിക്കുന്നത് അത് അമൃ നെറ്റിബാരിയാണ് അമൃതോ അതിനോട് കൽക്ക് ചെയ്താൽ താലൂക്കേ ഉണ്ടാവില്ല അമൃ നെറ്റിബാരി താരം മതിലക്കും ഈ അതിനോട് കൽക്ക് എന്ന ആ പണി ബന്ധപ്പെടുന്നതല്ല ബൈ മൊത്ത ജതിലി ബാല അതി അതു ശേഷം അതിങ്ങനും പുതുണ്ടായിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് വാലാകുല്ലിൽ രണ്ടു പ്രകാരവും രണ്ടു പ്രകാരം മറ്റൊരു ആക്കിയാലും ശരി മോസൂലിയാക്കിയാലും കുറച്ച് കഫം ഉണ്ടാവുന്ന രണ്ട് കത്തീർ പ്രകാരവും ആർക്കെതിരെ ജഗതിയാക്കാർക്കും കതിരിയാക്കാർക്കും അത്തരത്തിലല്ല എതിരയിച്ചു ാണ് അതാണ് ലാദിഫം പറഞ്ഞത് അൽന അവർ പറയുന്നത് ഓരോ അകുലും അവനവൻ ലഹ്തിയായ ആളുകളെ പാലക്ക് അവനാണ് എന്നുള്ള ആ വാദത്തിന്റെ റബ്ബാകുന്നു ഇതും ഇതെല്ലാം ഒരു ഒരേ ദീലുണ്ട് അറവനി മൊഴാ ഫർത്തു ചോദിച്ചിട്ടുണ്ട് അൽ ഖാമിൻ ഖാലതുൻ ഗൈറുല്ലാഹി നിമറബ്ത്തല്ലൂദിയ എലെ ഇൻ ഉരീ ഉനെ അനെ ഉനെ ജോക്യാ ഇംകുൽതാ യഹതമന അന്നല്ലാഹി ഇദാ അനാജാലഹാ മൗസൂലത്തൻ യുഖദ്ദറു മജ്റൂറൻ തന്നോ നമ്മളെ മാന മൗസൂലിയാക وما മൗസൂലിയാക്കുമ്പോൾ ഒമാന്ന് പറയുമ്പോ ഒമാ താമൂന ഹൂ എന്ന കൂന മൻസൂബാ മൗസൂലിയാക്കൂലിയാക്കിട്ട് ഹൂനെ നമ്മി മധൂറാക്കി കൂടെ അതേ അർത്ഥം അല്ലാതെ പഠിച്ചിട്ടുണ്ട് അല്ലരി ബഹ്മാന്റെ അല്ലരി ൂന നിങ്ങൾ അമൽ ചെയ്യുന്ന പണിയെടുക്കുന്ന ആ മഹലിലേതാണോ അത് ഒരു തട്ടാന പണ്ടെടുക്കുന്നെങ്കിൽ പൊന്നിനെയും പഠിച്ച ഉള്ള നർത്ഥം അമലിലേക്കെല്ലാം തുടങ്ങുന്നത് നിങ്ങളെയും പഠിച്ച് നിങ്ങൾ പണിയെടുക്കാൻ ഉപയോഗിക്കുന്ന പൊന്നിലെ തട്ടാനോടെ പറയുന്നത് പൊന്നനോട് പറയുന്ന നിങ്ങളെയും പഠിച്ചു നിങ്ങൾ പണിയെടുക്കാൻ ഉപയോഗിക്കുന്ന ഇൻബിനെയും പഠിച്ച് ആശാന്നോട് പറയും നിങ്ങളെയും പൊടച്ചു നിങ്ങൾ പെടുക്കുന്ന മരത്തരെയും പഠിച്ചു പണ്ടാരനോട് പറയും നിങ്ങളെയും പൊടച്ചു നിങ്ങളുണ്ടാക്കുന്ന അരിഞ്ഞെയും പഠിച്ചു അപ്പൊ മജുരൂ ആയല്ലോ അല്ലത്തി എപ്പോ അമലക്കും നിങ്ങളെ അമൽ എവിടെയാണോ സംഭവിക്കുന്നത് ആ മഹലന്റെ അതിനെയും പടച്ചു എന്ന് പറയുമ്പോൾ എന്തായി തറിയോന നിങ്ങളെ പൊടച്ചു വലക്കല്ലുപിഹിന നമ്മുടെയും പഠിച്ചു വ അതിന്റെ അർത്ഥം കാലക്ക കുന്ത അല്ലേ അതിനുമാന വസൂലിയാക്കി അല്ല തീട്ടി ആ നമ്മുടെ ആൽ എവിടെയാണോ സംഭവിക്കുന്നത് ആ സ്ഥലത്തിൽ നിരിക്കെൻ ആരിക്കെ ബില്ലിങ്ങാരനെ സംബന്ധിച്ചിടത്തോളം ബില്ലിങ് കിടക്കുന്നൊരു മണിയാണി ഓനെ സംബന്ധിച്ചിടത്തോളം ഓൻ അവരടക്കുന്ന കല്ലിനി ാലും അരികിൽ ജസാലിൻ അർപ്പിട് തോന്നുമ്പോൾ ചോദി നോക്കുന്നു എനിക്ക് വാഷീൻ വരക്കഷം ഹാഷാരെ സംബന്ധിച്ച് അങ്ങനെ ഇവിടെ പറഞ്ഞോ ആരെങ്കിലും എരുമ്പ് പോലെ ആരെങ്കിലും കൊല്ലനും കൊല്ലന് അങ്ങനെ അങ്ങനെ അർത്ഥം കൊടുക്കുന്ന അവസരത്തിൽ ഇല്ലാതെ തെരീലുണ്ട് ആയില്ലാണ്ട് പോയല്ലോ ൂ അപ്പൊ പല അപ്പൊ ന്യായം കിട്ടൂല നിർവിയ ആയത് മുഖേന മറുപടി കൊടുക്കാൻ അല്ലെങ്കിൽ മൊത്തസിലാക്കൾക്ക് മറുപടി കൊടുക്കാനുണ്ടാവൂല അത് കഴിയിലാവൂല മൊത്തസിലാക്കൾക്ക് മറുപടി കൊടുക്കാനുള്ള കാര്യം പറ്റത്തിൽ അത് നമ്മളിച്ചിട്ടുണ്ടല്ലോ അതിനെയും പഠിച്ചാരി പറഞ്ഞിട്ടില്ല ഓർ പറയുന്നുണ്ട് സാധനം അല്ല അല്ലെന്ന് പറിച്ചിട്ടില്ലാതുകൊണ്ടില്ലല്ല എന്തുകൊണ്ടാ ധരില്ലേ മാതാ തറച്ചു ലഹറ്റിമാല് ഏതെങ്കിലും ധരിൽ എന്നി അങ്ങനെയാവാം ഇങ്ങനെയാവാം ലഹറ്റിമാല് വന്ന് കഴിഞ്ഞാൽ പിന്നെ ദരിയിൽ നിശ്ചിതിരാല് പോയി ആ അതെയാണ് ഞാൻ ആരോട് ചോദിച്ചപ്പോ ചോദിച്ചല്ലോ ആ വന്നാള് മുസ്ലിമായ ബന്ധങ്ങളാണോ അല്ല അവസരമായ ബന്ധങ്ങളും മുസ്ലിമായ വന്നതെന്നും അപ്പൊ രണ്ട് നെയ്ത്തിമാരുണ്ട് എന്നാൽ ഞാൻ നെയ്ത്തിമാര് പത്താം ലേസി നിങ്ങൾ ഒരു ഭാഗത്തിൽ വെയിലൊരിക്കലും കൊണ്ടുവന്നു ഒന്നേ പ്രതിഫലിച്ചില്ലേ ആശാവിന്റെ തൊട്ടു എന്ന് പറഞ്ഞു മറയോടെ കൂടി തൊട്ടോ മറയില്ലാണ്ട് തൊട്ടോ ആഴ്ച പറഞ്ഞു ഞാൻ തൊടി വെച്ചിട്ടുന്ന് എന്ന തൊട്ട് എന്ന് പറഞ്ഞാൽ നീ കൊണ്ടായാലും പറഞ്ഞോളൂ എന്നെ തൊട്ടു നിന്ന് അതിന്റെ കാലം കൈ മുട്ടുമ്പോണ്ടാക്കും ഞാൻ കാലം വച്ചിട്ട് ചെയ്യാൻ സൗകര്യം കൊടുക്കുന്നേ അവർക്കുള്ളൂ അപ്പൊ ഹെറ്റിമാല് വന്ന ഇസ്വദി പോയി പൊതുവേ രാജാ അല്ല ഹെറ്റിമാലു ഭക്തനല്ല ഇസ്റ്റിലാലു അപ്പൊ മത്സിലാക്കൾക്ക് റദ്ദാവുന്നപ്പോ പറഞ്ഞു വന്നത് ഒരു ഹിസ്റ്റിമാല് പിറകാൻ റദ്ദാവുന്നില്ല അതിന് മറുപടി നിങ്ങൾ വന്നെന്താന്ന് ഒമ്മാവ് കളക്കും മമ്മഹ താമരൂവിന്റെ അട ആര് സങ്കല്പിക്കുമ്പോല്ലേ അവിടെ ഫീം സങ്കല്പിച്ചുകൊണ്ടാണല്ലോ അപ്പൊ രണ്ടും രണ്ടാക്ഷരം സങ്കല്പിക്കണ്ടല്ലേ ഒന്ന് ഫീ എന്നുള്ള ജെറിന്റെ അർഭം വേണം ഈന് വേറിയും വേണോ അത് വളരെ ഭയങ്കര അതിന് രക്ഷി ഉണ്ടാക്കി ഒമഹ താമരൂവിനെ ഊനപ്പറയാൻ തന്നെ നമുക്ക് ഇവിടെ വടികട്ടിട്ടുണ്ട് പേരൊക്കെ ഫീ ഇവിടെ കൂട്ടിയാലി രണ്ടക്ഷരം വന്നു ഭീമ ഹീരണ്ടെണ്ണം വന്നില്ലേ ലിഹന്നാദൻ ഹെറ്റിമാൽ അത് നിങ്ങളി പറഞ്ഞ ഹെറ്റിമാൽ അത് ബീദാണ് കാരണം നോക്കട്ട് അത് ബീദാണ് എന്താ ബൈദ കാണണം ജവാസി ഇവിടെ മൗസൂൽ എന്താ ഇപ്പൊ ഉള്ളത് എല്ലാവരും കാലക്കും എന്നൊരു ഈ മൗസൂലിയാക്കൂറല്ലോ മാ മജൂറല്ല ഈ മൌസൂല എന്തുകൊണ്ടാണോ ജത ചെയ്യപ്പെട്ടത് ല്ലേ പറയുന്നത് നീ അതിന് ഷർത്തി ഷർത്തില്ലാത്തത് കൊണ്ട് ഷർത്തില്ല ഞാൻ മസൂറൂത്ത് പോകുന്നല്ലേ നിയമം ഒന്നുമില്ലാന്ന് കാര്യം അതിന് ഇപ്പം ഒതുസിയാവാനുള്ള ഷർത്തല്ലേ ഇത് സംസ്ഥാന സഹിയാനുള്ള ഷർത്താണ് ഒതു ഒതുവാകുന്ന ഷർത്തില്ല ഞാൻ മസൂറൂത്ത് പോയി എന്ന് പറഞ്ഞ മാതിരി ഇവിടെ എന്താകണം മജുറൂട് കളയപ്പെടണമെങ്കിൽ ഒരു മൗസൂനക്ക് എന്തുകൊണ്ടാണോ ജെറു കിട്ടിയത് അതേ സാധനം കൊണ്ട് ഉള്ളിൽ ജെറു കിട്ടണം എന്നാ ഈ മജുരൂർ കളയാന്നാണ് ആയുധം കളയാ ഇവിടെ മൗസൂല മജുരൂർ അല്ലല്ലേ മൌസൂനയായ സാധനത്തിന്റെ ഇത് മജുറൂറാകുക ഇത് മജുറൂറായി കഴിഞ്ഞാൽ അതേ ജെറിന്റെ അറസ് കൊണ്ട് ഈ ആയതിനും ജെറു കിട്ടുക എന്നാ എന്താ കീ ആയുധങ്ങൾ കളയാന്നാ പറയുന്നത് അതിനോട് അസുരിൽ തന്നെ ആ എന്തല്ല മജുരൂറെ അല്ല ലഭിച്ചു വേണ്ട മജുരൂന്റെ വലി അതിനി ഷർത്തി ഇല്ലാത്തത് കൊണ്ടാണ് വൈദന്ന് കാരണം എന്താ ഷർത്ത് ജവാസി ഹദിനി ആയുധനെ കളയൽ ജായ്സാവലി ആവാനുള്ള ഷർത്ത് ആ എന്താ ഷർത്ത് മിൻ ടൗനി ഹി ജുർല ആയുധം മജുരൂറായിരിക്കണം എന്നതാണ് എന്തുകൊണ്ട് ചെറു ചെറു ചെറിയപ്പെടണം ബിമാ ജെറ ബിഹിൽ മൗസൂൽ മൗസൂല എന്തുകൊണ്ടാണോ ചെറുത് ചെയ്യപ്പെട്ടത് അതുകൊണ്ട് തന്നെ ആയിരം മജുറൂറാവണം എന്നാൽ ആയിരുന്ന കളയാം ഇവിടെ വൽ മോസറൂർ മൗസൂർ എവിടെ എന്തെല്ലാം ആയിട്ടില്ല അച്ഛൻ ജെറന്നെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജെറന്റെ മജുറൂർ ബിഹി ഒക്കെ അതുകൊണ്ട് പല യുഹൃത്തിൽ കലാമുള്ള ഈ നെഹ്വിന്റെ കാനൂന എതിരായി കൊണ്ടിട്ട് അള്ളാന്റെ കലാമിനെ വയ കൊടുക്കാൻ പറ്റില്ല അള്ളാന്റെ കലാമിനെ എന്താ ചെറുത് നെഹ്വിന്റെ കാനൂൻ ഒക്കണം നെഹ്വിന്റെ കാണൂൻ ഒക്കുന്നില്ല അതുകൊണ്ട് ആ സങ്കല്പം ചെയ്യാവൂലെന്നാണ് പറഞ്ഞു തസനെ വിജ്യോതി ചേർത്തി ചെറുത്ത് തൽക്കാൻ അമ്മങ്ങൾ സമ്മതിക്കാം ഇതല്ലേ അെന്നെ സമദിച്ചതെന്നെ ഫഹദഫുൽ ആഇലുൽ മൻസൂബ് മൻസൂബിൻ ആയീദിനെ കറയൽ അസൂലു വഖതി മുർദ്ദിഖലാഫിൽ മജ്റൂർ മൻസൂബായ ആയീദിനെ കറയ സദാഹരല്ല ഉള്ളതാണ് മജ്റൂറിനെ കറയറില്ല സർത്തന്ദ സമദിച്ചതെന്നെയും മജ്റൂറിനെ കറയ സദാഹരബതിയില്ല അതന്നെ രണ്ട് ഇത്തിമാല ബററുന്നി നിർത്തില്ല ഇന്നെ പറഞ്ഞതന്നെ മജ്റൂറിനെ കറയില്ല ആരൊക്കെ ഒന്നിക്ക് ഞാൻ കാണൂൻ ഒക്കെ ചെയ്യൂല ഒക്കുന്ന് വെച്ചാൽ തന്നെ പതിവിന് വിരന്തായി രണ്ട് കാരണത്താൽ ആ ഇത്തമല കളഞ്ഞു ബൈബിൾ തന്നെ കസുബ് ഇൻകാനാമ കസുബു പേര് ഇത്തിസാബു ഇൻകാനവാസീയത്തുണ്ട് അതിനുണ്ട് താൽക്ക് ഈ ജാതിന്റെ താല്ല് എന്ന് പറഞ്ഞാത് ബയാണിയുൻ ഈ ജാത് എന്ന താല് ലുക്ക് അതങ്ങനെ കിട്ടി അതിന് തുല്യമായി ഒന്നുശേഷം വരുന്നുണ്ട് ഇവിടെ എന്ന് പറഞ്ഞാ ത മറു വശത്ത് ഉപ്പ് പറഞ്ഞത് ഇവിടെ അള്ളാന്റെ കാര്യത്തിൽ വന്നതാ അറാദിൻ എന്ന് പറഞ്ഞതിന് താല് എന്ന് ഓർക്കണമെന്നല്ലേ പറയുന്നത് അത് തെറി പിടിച്ചെന്താ അവിടിന്റെ ഭാഗത്ത് എന്ന് പറഞ്ഞപ്പോൾ ശ്രീഹന്ത പറഞ്ഞത് എന്താ പറഞ്ഞത് വയ്യാങ്ങിച്ചു അതേ ദലീ പിടിച്ചിട്ടുണ്ടാണ് ഞാനൂടി പറയുന്നത് തീർച്ചു പറയും അള്ളാഹുത്താലല്ലാത്ത ഒന്നിന്റെ വക്കുദൂക്കല്ല എന്ന് പറയും അതിനെന്താ വരുന്ന ഇവർക്കുണ്ട് ഇവർക്കതിന്റെ സുഹോദുണ്ടാകും മറ്റവർക്കതിന് ഇൽമുണ്ടാവും വ്യത്യാസമുള്ള അതാണ് സാഹിബുൽ അഖീരത്തും സാഹിബുൽ അവരുടെ വ്യത്യാസം വരും ഇൽമുണ്ട് തേൻ മധുരമുള്ളതാണ് എല്ലാവർക്കും ഇൽമുണ്ട് കുടിച്ചാത്ത അതിലെ സുഹൂതുണ്ട് ദൗത്യുണ്ട് ഇതേ വ്യത്യാസമുള്ളു ഇതാണ് അക്കീദന്റെ ആളും അക്കീദനെ തന്നെ ആരിഫായിട്ട് ഉൾക്കൊണ്ട സൂഫിയായിട്ടുള്ള വ്യത്യാസം രണ്ട് മൈനിലൊന്നും ദേ മധുരമാണ് രണ്ടാളിയും തോന്നുക പക്ഷെ മധുരമുണ്ടെന്ന് ഇമ്മാണോടുക്കേലുള്ളത് ഇവരുടെ തന്നെ ദൗക്കാവുള്ളു അപ്പൊ മുത്തക്കല്ലേ നിങ്ങൾ സോഫിയത്തെന്നില്ല എവിടെ സോഫിയല്ലാതെ മൊത്തക്കെല്ലിനെ പറ്റിയാ പറയുന്നു സോഫി എന്ന് പറഞ്ഞാൽ ഇന്ന് പശുതലിക്കെട്ട് കെട്ടി വന്ന സൂപ്പിനെ പറ്റിയല്ല അറിച്ച് ഇത്താമല്ല ഒറിജിനൽ ഒരു സൂപ്പി ഉണ്ടല്ലോ വഹത്തുള്ള ആന അന്നല്ലായിട്ടു എന്നാണ് മറ്റൊരു ലായത് وَقَدْ قَالَ الْعَلِفُ الْغَرَنِ لِكُنْ فِي ذَلِكَ ظَلِيْفِ خَيَالٍ لِلْيَاكْبَرُ عِبْرَةٍ لِمَنْ كَانَ فِي بَهِئِ الْأَقِيْقَ فِرَاطِي شخوصٌ وَأَشْقَابَ اشْتَالٌ تَمُرُّ وَتَنْقَضِي فَطَفِنَا جَمِيعًا وَالْمُحَلِّكُ بَاقِينَ من الفعل الرضي الله عنه وارضو وارو عشر وارو بيتان തായത്തുണ്ടാവും റാഗ്യത്തിണ്ടാവും അതിനീയത്തിണ്ടാവ ഓരോ വാചനങ്ങൾക്ക് ഓരോ വയ്ക്കുന്നുണ്ടാവും ആ കിതാബ് ഒന്ന് മുഴുവനും കിട്ടണമായിരുന്നു നല്ല കിതാബാണ് നില്ലാകുന്ന ഹയാലിലുണ്ട് അക്ബർ ഇ പുറത്തുണ്ട് അരികിൽ ഇമൻ കാന റാട്ടിയൻ എന്നുണ്ടാവും എനിക്ക് പറഞ്ഞാലും വീട്ടിനുള്ളിൽ റാഖിയനാക്കിയല്ലേ കാരണം ദേശം നല്ലത് ഖമൃ ബഹ്റുൽ ഹക്കൈ കത്തിലേക്ക് ബഹ്റുൽ ഹക്കൈ കത്താകുന്ന ഒരു തന്നെ ഉണ്ട് വ അസ്റ്റും കൊറേ ചസ്തുകൾ കുറെ വ്യക്തികൾ പുറമേ കാണപ്പെടുന്ന എങ്ങനെയുണ്ടാവുന്ന അവനെയും ഇവനെയും ഇതൊക്കെ പറയുന്നേ കുറെ ചസ്തുകള് അഷ്ടാലുകള് പിന്നെ തമുറും തമുറും കാലക്കാന്നല്ല തമു വ തമി അങ്ങനെ വന്നു പോയിച്ചോണ്ടിരിക്കുന്നു പക്ഷെ ഇപ്പൊ തമിനാജമി അൻ അത് മുഴുവൻ വനാന്നിട്ട് വൽ മൊഹിക്കു മൊഹിക്കായാണ് ഇതിന്റെ പിന്നിലുള്ളത് അൻ ബാക്കിയായിട്ടോടെ കിടക്കുന്നു وقال بعض العارفين في هذا المانئ يقولون: وما الخلق في سن تالي إلا كذبتين لها صورة لاتين تبدت انلماءي فدرك فشلم يسبى بسبب الماء وإذره تبدوا وبثث من غير خفاء إخفاء ودلنون من غير خفاء إنه പിന്നിജാൻ അതാണ് നമ്പറൊക്കെ കൊടുത്തിട്ട് നമ്പർ തിരുത്തണ്ടെന്ന് കാണിക്കാൻ വേണ്ടിട്ട് അത് രണ്ടാമതാണ് നമ്പർ അടയിൽ നംറമെല്ലം ാണ് നേരത്തെ സവാബ് എന്നുള്ളത് കസയിലേക്ക് നോക്കിട്ടാണ് ഇഹ്തസഭയിലേക്ക് നോക്കാൻ ഇഖാബ് മെഹമിൽ ഫതില് സവാബ് നോക്കിയിട്ടാണ് അതില് എന്നുള്ളത് ഇഹാബ് നോക്കിയിട്ടാണ് അപ്പൊ ലഫ് നശ്വറും ഉറത്തബ് ലഫും മനസ്സറും ഉറത്തബും ഇപ്പൊ കഥാ ചോല്ലി മെഹമിൻ ഫലും അല്ല അതിലാടി അതേപോലെ വഹിച്ചോ അത് പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അമ്മല്ലാത്ത സകലത്തിന്റെ മാലിക്ക് അവന്റെ ഉടമയിൽപ്പെട്ട് എന്തിലും മോനിക്കെന്താ ഇഷ്ടപ്പെട്ടത് തസറു പടത്തു അതിലു ലാദു വദൌശ അല കല്ലപ്പന ഇൻ എന്ന് പറഞ്ഞാൽ ഇൽയും മിജുബാറിന്റെയും നേരത്ത് വേണമെങ്കിലും എന്താക്കാമായിരുന്നു തകലീഫ് ഉണ്ടാക്കാമായിരുന്നു എന്നല്ലേ അല്ലെ എന്ന തകലീഫ് മിമാലായുതാക്കു ജായില്ലോ ഇവിടെ ഉണ്ടാകില്ലേ ഇജുബാറിലും ഇൽറാറിലും അത് ജായുദ്ദാന്ന് വണ്ടേമുണ്ടല്ലോ അന്നാക്കൊന്നും മുജൂബില്ലാതല്ലേ ഇവിടെ നിന്നും പക്ഷെ അന്നാഹ് വണ്ടാതെ വെച്ചിരിക്കുന്നു അവർക്കുമില്ലാ ീയത്തിന്റെ വാക്ക് പോയിന്ന് പറഞ്ഞിട്ട് വായിക്കാം ജബരീയത്തിന്റെ അല്ലേ അപ്പൊ കൗരുൽ ജബരിയത്തിനെ നമ്മൾ അത്തിപ്പാക്കിട്ട് കൗരുൽ കതിരിയത്തിന് വായിക്കണം ഇവിടാ മജുരൂറ് ഇക്കാത്തിന്റെ ഏറെ വലിയ ഉടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ആരാ പറയുന്നത് ഹാദിസായ കൊതിരത്തിന്റെ തഹസീലുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഉണ്ടായിത്തീരുന്ന കതിരിയക്കളവാദം അതാ വൽമ അലാറൻ ഫാസിലത്തൻ ഈ കാനൂലിന്റെ മേളിൽ ായ ഫാസിൽ ആയ കൊറേ കാലം അവർ കെട്ടിപ്പടുത്തിട്ടുണ്ട് അവർ പറയുന്നില്ല കമാന ലഹി റഹുൽ അവരുടെ വാദമാണ് ഷർത്തിയാ കളിയ പറയുന്നു ലൌക്കാനത്ത് ഹാദിൻ ലഫാലും അഹ്ലൂക്കത്തലില്ലായ്ല കമാലൂന നിങ്ങൾ പറയുന്നത് പറകാലം يا افعال الا مخلوقۃ للله یانگی الا انا شرطیہ غیری مقدّم لکان تعذیب الله لهول من ادینن وینڈیٹ یہ عبدی نے تعذیب ادتن كل العلماء운데 قلنا અન وربدی اع تعذیب بن الذل جزء جزء الاختیاریه وهو الكسبو اختیاریہ جزء بن الذل الذ ഇഫ്തിയറി ആ യുസീലേക്ക് നോക്കിയിട്ടാണ് ആ കസ്ബ് നോക്കിയിട്ടല്ല ആ മറ്റേ എം എൽ എ ആ നോക്കിയിട്ടല്ല കസ്ബിലേക്ക് നോക്കിട്ടു അപ്പോർ ചോദിക്കുന്ന മമൻഖല കസ്ബിലെ പഠിച്ചാളാരയും നക്കുലകും ഞങ്ങളുടെ അന്ന് തന്നെ അലു എന്ന് പറയാ ومنه يبرد ترندامة باطل فتدان قولهم لو كان الفعل الله تعالى مقدمل لا فعل الله تعالى قال لو كان متصفا بذالك آفعل قلت وليك وصفره منده لا لا افا صلاة اعنال فعل الله تعالى افا مسلحة لأي هم أه؟ اغنى الاخرية والا ണെങ്കിൽ അതെനിക്ക് ലൈക്കില്ലല്ലോ സലാത്തിനെ പഠിച്ചതാണെങ്കിൽ അള്ളാഹുസന്നി നേരിട്ടിരില്ലേ അഖിലിനെ പഠിത്താണ് അള്ളാഹിൽ നേരിടേണ്ടി വരൂല്ലേ നോബിനെ പഠിത്തതാണെങ്കിൽ നേരിടേണ്ടി വരൂ വലം ഇങ്ങനെ ഒരാളും പറഞ്ഞാണില്ലല്ലോ اذكر قلنا لهم ابو الدرداء قال ان ذلك قائم بمفعول لاعب الفاعل يتصف ان الذي اذا كان فاعل هو قائم بالمفعول يتصف مفعولا لمكن لا الفاعل الا ترى نقول ان مثال الشفاس ان ال അശ്വഖാസിനെ നീ കാണുന്നില്ലേ അൽവാനില്ലേ അഭിഷനി അവന്റെ ഫീഡാണല്ലോ അശ്വഖാസ് അൽവാനക്കോന്റെ ഫീഡല്ലേ വലിച്ചത് കായ്മത്തമ്മ ഈ അശ്വഖാസും അൽവാനും ഓണ കാത്തി നിൽക്കുന്നില്ലല്ലോ ഇതുപോലെ ഓണകാത്തി നിൽക്കുന്നില്ല ിൽ അക്കളിവൻ അവിടെ നോറ്റസരിയാക്കൾക്കെതിരെ അക്കല് കൊണ്ടും നൊക്കല് കൊണ്ടും നോക്കി മറുപറ ശ്രദ്ധ ചെയ്യാം പാർട്ടി മൂന്നല്ലേ ഒന്ന് ജപരിയാക്കള് ഒന്ന് കതിരിയാക്കള് മറ്റൊരു നൂറ്റശ്രിയാക്കള് ഇവരാണല്ലോ അകലുസംഗത്തിനെതിരായിട്ടുള്ള കൂട്ടുക അതെല്ലാം അഖലുകൊണ്ടും നഖലുകൊണ്ടും നമുക്ക് മറുപടി പറയാം അമ്മൻ നക്കുലു നഖലെന്താണ് ആദ്യം നഖല മുതിക്കരുത് ഇവിടെ ഇസ്തുദലാലുള്ളത് ഹലകുല്ലിന്റെ അവിടെയാണ് ഖാലികുന്നല്ല ദൈവമില്ല എന്നല്ല പറഞ്ഞിരുന്നത് അല്ലാഹു മുഅത്തൽ മുനസറ നമ്മൾ കണ്ടിത് പറഞ്ഞിട്ടുണ്ട് ഇല്ല അല്ലാഹു തആല അല്ലാтину ഖദീറാന അവിടെ അല്ല നമ്മൾ ഇസ്തിലാൽ ഉള്ളത് വഖലക കുല്ല ഷയ്ഇ കുല്ല ഷയ്ഇ എന്ന്ുമ്പോൾ ഹബദിൽ അഫ്ആലുകളും അതെല്ലാം വസ്തുക്കളും കൊണ്ടാണ് അപ്പോൾ ഖാലികു അരുനില്ല എന്നല്ല ഓർഉദു അരുനീ മാദാ ഖലഖു ഹൽ മിൻ ഖാലിക്കൻ ഗൈറുല്ലാഹി അപ്പോ എവിടെ നോക്കിയാലും ഒന്നിൽ കൊല്ലുശൈനെ ആക്കിയിലാണ് കളക്ക് പറഞ്ഞത് അല്ലെങ്കിൽ ഹാലിക്കന് അബിനെ ഹെസ്റാക്കിക്കൊണ്ടാ പറഞ്ഞിട്ടുണ്ട് ശൈലി അപ്പോൾ അബുദിന്റെ പ്രവർത്തനങ്ങളാ കൊയ്യേ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നിട്ട് അതിനെ ആ കൊല്ലുശൈലിനെ അബ്ബാഹുക്കാല കപ്പീലാക്കിയിട്ടുമുണ്ട് എന്ന് തുടങ്ങിയിട്ട് ധാരാളം ആഴത്തുകൾ നിരാമൈനിധാലിക്കാം വേറെ പല ആയത്തുകളും നമുക്കുണ്ട് ഒരുപാടുണ്ട് والمعقل اخيلو رجا فلي ان لابد لو كان قالك يفعل نفسي ദരീന ബൻ ദരീന ര ശരി നോക്ക് ശർതിയായ ഖബിയാന സാധാരണ രിയാ കഴിയും കൊണ്ടുവരുന്നു അنده മുക്തന്തമര കൊണ്ടത ലൗ كان قالك يفعل نفسي എന്നുള്ളതാണ് ശർതിയായ ഖബിലി മുക്തമ ലകാന ആലിമ ബിഹാ തഫ്സീറൻ എന്നതാണ് അന്റെ താളി കണ്ടേ അത് അവനവന്റെ നെഫ്സിന്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം കാലിക്ക അവധി തന്നെയാണെന്നല്ലേ കാലിക്കാകണമെങ്കിൽ ആ മഫലോക്കിനെ പറ്റി എല്ലാം അറിയണമെന്നാണ് നിയമം അല അലായാലും മണ്ണുക്കളക്കാന്നല്ലോ സൂക്ഷിച്ചറിയാണ്ട് പോകുന്നു അദ്ദേഹം തഫ്സീലുകളെ പറ്റി അറിയാതെ സൽഹീനങ്ങനെ ഒ ഭാരി ഈ ഈ അപ്പം ഉണ്ടാക്കിയതാണെങ്കിൽ ഈ അപ്പം എന്തുകൊണ്ടുണ്ടാക്കി എന്തെല്ലാം വസ്തുക്കളാണ് ചേർത്തത് ഓരോന്നും എത്ര പൂക്കം ചേർത്തിരുന്നു എന്നെല്ലാം ഓരിക്കറിയില്ല തപ്സീലിൽ ലാഭ്യമല്ലേ അപ്പോ അകു ചെയ്യുന്ന എല്ലാ അക്കാലുകളുടെയും ഹാലൊക്കെ അവനാണെങ്കിൽ ഇവന്റെ അക്കാലുകളെ കുറിച്ചുണ്ടാക്കണം തപ്ലീലായെന്ന് എനിക്ക് അറിയാദ്യ അല്ലെ തപ്സിൽ ആച്ച അറിയോ ഇല്ല നിങ്ങൾ സ്വയം പറയട്ടെ ഞാൻ ചെയ്യുന്ന പണിയെ സംബന്ധിച്ചുള്ള വർത്തമാനം ബോധം ഭാവി അതിന്റെ എല്ലാ കാര്യങ്ങളും എനിക്കതിനെപ്പറ്റി വിശദമായിട്ട് അറിയാം എങ്ങനെയാ ചെയ്ത് ആര്യമാവില്ല അതാ എല്ലൊക്കാ ആലിമഅിയ തസ്സീലൻ എന്നത് ലാസിമാ ലാസിമവാസുകൾ ഏതാ ലാസിമ് തഫ്സീലായ ഇൽമ് അബദിനുണ്ട് അവന്റെ എല്ലാ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടം തഫ്സീലായ ഇൽമുണ്ട് എന്ന് പറഞ്ഞത് താലിബാത്തിന് ലാസിമവാത്തിന് താലിബാത്തിന് താലി ലാസിമൊന്ന് അപ്പുറം മുക്കന്ദെന്ന് പറയുമ്പോൾ ഇപ്പൊ താലി എന്ന് പറയും ആ മുക്കന്ദിനെ പറ്റി മനസൂമെന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ലാജിമെന്ന് ലാസിമ പാത്തിലായാൽ മനസ്സും പാത്തിലാകണം അപ്പൊ പക്കതൽ മത്സ്യവും ലാസിമ പാത്തിലായാൽ മത്സ്യവും പാത്തിലായി അപ്പോൾ അവിടെ അവനവന്റെ ലഫ്സിന്റെ ആരൊക്കെ അല്ലാതെ വന്നു ഒന്ന് ലായോ ഇനി ദരീലിന്റെ മറ്റൊരു إما أن يكون حسول هذا الفعل بقدرة لله تعالى وقدرة العبد المحل هذا المطلوب من قد يدل الله هذا المطلوب من قبل الحديث هذا الفعل يدل الله هذا الفعل يدل الله അവിതിന്റെ സ്വന്തം വകയിലാണോ എല്ലാ അള്ളാഹുവിന്റെ കൂടീച്ച അള്ളാഹു മാത്രമാണോ അല്ല രണ്ടും കൂടെ കൂടി മജിമോ ആണോ ഏതാണ് ഉദ്ദേശിക്കുന്നത് ഹൽക്ക് ചെയ്ത് ഹാലിക്കുണ്ടല്ലോ അവിതിന്റെ കുതിരത്തും ഹാലിക്കിന്റെ കുതിരത്തും കൂടെ മജിമ കൊണ്ടാണോ ഹൽക്ക് ചെയ്തത് ഒന്ന് എല്ലാ അള്ളാഹുവിന്റെ കുതിരത്തുകൊണ്ട് മാത്രമാണോ രണ്ട് അല്ല അവിതിന്റെ കുതിരത്തുകൊണ്ട് മാത്രമാണോ മൂന്ന് അവരിന്റെ പുതിർത്ത് കൊണ്ടാണെങ്കിൽ അവന്റെ കുതിരത്ത് കിട്ടിയ ചോദ്യം ഇത് കൽക്ക് ചെയ്യാനുള്ള കുതിരത്ത് എടുത്ത് കിട്ടിയെന്ന് അപ്പൊ അങ്ങനെയാണെങ്കിൽ കുഫ്രാവുന്നു രണ്ടാണു കൂടെ കൂടിയിട്ടാണെങ്കിൽ ഒരു സാധനത്തെ കൽക്ക് ചെയ്യാൻ രണ്ട് കാര്യത്തിൽ ആ അപ്പൊ ആ രണ്ടെണ്ണം കൊണ്ട് ഒഴിവാക്കിയാൽ പിന്നെ മൂന്നാമത്തെ എത്തിമാല എന്റെ ഉള്ള فالبرا earth اما الا اللي اما يكون حسول هذا الفعل عبد نمج ندا عبد نمج فعين ن startup هذا عظام لقدرات الحoon человек الله why你的 الله وقدرات الله عبد yup없ến عبدixed اللي الله حين فعل الله عبد الله حين فعل رب فعل GET além فعين قال المالي otro نعم هل لنا تمóفه ണെങ്കിൽ ലിമ അപ്പൊ കാലു എന്നുള്ളത് മുഖത്തമ്മിന്റെ സ്ഥാനത്തായി അതിന്റെ ലാസിമാണ് ലജിമി മാും ഒരറ്റ അത്തരന്റെ രണ്ടു മാസത്തെ ഒരുമിച്ചുകൂടെ ലാസി അതിന്റെ ആവശ്യമില്ലല്ലോ ഏതെങ്കിലും ഒന്നിലക ഏതും ഒന്നിലകമാവും ലഹമാക്കാൻ നല്ല ഏതാ പിന്നെ അവരിന്റെ തകർത്തിയൊരു യുന്നത്രത്തിൽ അബദ്ധി പകത്ത് എന്നാ ആകെ മൂന്ന് മറുപടി എല്ലേ പറയാനുണ്ടാവുള്ളൂ ദുരത്തിൽ അഗതി പക്കത്ത് എന്നാ പറഞ്ഞെങ്കിൽ അത് ഞമ്മക്ക് പറയാനുണ്ടത് ലജിമുഷയിൻ തോന്നി കഹുരൻ അല്ലായിട്ട് അള്ളാനെ വിട്ടിട്ട് ഏ കഹുരൻ ആയിക്കൊണ്ടൊരു പണിയാണ് മൂന്നാള കണ്ടത് അല്ലാ അല്ലാ അയക്കുക അവിടെ ബന്ധത്തോട് ബന്ധമല്ലേ അപ്പൊ അല്ല അല്ലാത്തവരുടെ ബാങ്കിലല്ല അത അത് മറ്റ അതിനകത്തുള്ള വലിയ വാത്തിരി അങ്ങനെ വരുമ്പോൾ ഇതാ ലാദ്യം